ാമത്തിന് മഹത്വം കർത്താവിൻ്റെ മേശയും നമ്മുടെ മധ്യത്തിൽ ഉണ്ടല്ലോ നമുക്ക് കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്യം നമുക്ക് ചിന്തയ്ക്കായിട്ട് തുടക്കത്തിൽ വായിക്കാം യോഹന്നൻ്റെ സുശേഷം പതിനെട്ടാം അധ്യായത്തിൽ നിന്നാണ് യോഹന്നൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ പത്രോസും കർത്താവായ യേശുക്രിസ്തു തമ്മിലുള്ള ഒരു എൻകൗണ്ടറിനെക്കുറിച്ച് നമ്മളവിടെ വായിക്കുന്നു അവിടെ യേശു പത്രോസിനോട് വാൾ ഉറയിലിടുക പിതാവിനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ എന്ന് പറഞ്ഞു ഇവിടെ നമ്മൾ കാണുന്ന കാര്യം കർത്താവായി യേശു ക്രിസ്തുവിനെ ഒറ്റ കൊടുക്കാനായിട്ട് യൂതായുമൊക്കെ വന്നു നമ്മളാ പതിനെട്ടാമധ്യായത്തിൽ അതിൻ്റെ തുടക്കത്തിൽ നമ്മൾ ആ കാര്യം കാണുന്നുണ്ട് വന്നു അത് കഴിഞ്ഞിട്ട് കർത്താവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് വന്ന ചേവകരും ഒക്കെ തൻ്റെ അടുക്കൽ വരുമ്പോൾ കാണുക അതിൻ്റെ നാലു വഞ്ചും ഒക്കെ വാക്യങ്ങളിൽ കർത്താവ് എന്താ പറയുന്നത് സാധാരണ ഈ ചേവകര് ഒരു കുറ്റവാളിയെ അന്വേഷിച്ചു പോയാൽ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടുകയും നിങ്ങൾ അന്വേഷിച്ച് വരുന്ന ആൾ ഞാനല്ല മറ്റൊരാളാണ് എനിക്കിതുമായിട്ട് ബന്ധമില്ല എന്നൊക്കെ പറയുകയും ചെയ്യുന്ന രീതികളാണ് ചേവകരും പടയാളികളും കണ്ടിട്ടുള്ളത് എന്നാൽ ഇവിടെ ഇതാ യൂതായ സ്ക്രിയോത്തായ യൂത് ആരുമായിട്ട് പറഞ്ഞൊത്ത് ആ നിലയിൽ അവരെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ യേശു താൻ തന്നെ മറഞ്ഞ് നിൽക്കാനായിട്ട് ഭാവിക്കുന്നില്ല താൻ തന്നെ മുന്നോട്ട് വന്നിട്ട് നിങ്ങൾ ആരെയാണ് തിരയുന്നത് എന്ന് ചോദിക്കുന്നു നസ്രേനായ യേശുവിനെ എന്ന് പടയാളികൾ പറഞ്ഞു ചേവകര് പറഞ്ഞു ഈ ചെറുപ്പക്കാരെല്ലാം ഏറെക്കുറെ മുപ്പത് മുപ്പത്തിമൂന്ന് മുപ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ള ആളുകളാണ് ഇവരെയൊക്കെ തമ്മിൽ കണ്ടാൽ വലുതായിട്ട് തിരിച്ചറിയുമായിരുന്നില്ല എന്ന് വേണം നമുക്ക് ഊഹിക്കാൻ കാരണം അവരൊക്കെയും ചെറുപ്പക്കാർ വേഷത്തിൽ ഏതാണ്ട് ഒരേ പോലുള്ള വേഷം എന്ന തേഹൂദ നാടുകളിലെ വേഷം ധരിച്ച് ഒരേ രീതിയിൽ നടക്കുന്നു നമുക്കതിൽ നിന്നെടുക്കാവുന്ന ഒരു പാഠം ഇന്ന് നമ്മൾ ആരെയെങ്കിലും ശുശ്രൂഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ശുശ്രൂഷിക്കുന്നവരിൽ നിന്ന് നമ്മുടെ ഡ്രസ്സ് കൊണ്ടാകട്ടെ രൂപം കൊണ്ടാകട്ടെ മാതൃകുണ്ടാകട്ടെ നമ്മളെ തന്നെ ഉയർത്താനായിട്ട് ശ്രമിക്കരുത് എന്നൊരു പാഠം ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞു പോയത് വ്യക്തമായോ അതായത് കർത്താവായ യേശു ഈ കൂട്ടത്തിൻ്റെ നായകൻ കർത്താവ് അപ്പോൾ ഓർക്കുക ഞാനാണിവരുടെ നായകൻ എന്നാ വേഷം കൊണ്ട് ഞാൻ വ്യത്യസ്തമായ ഒരു വേഷം ധരിച്ചു കളയാം അല്ലെങ്കിൽ എൻ്റെ ഭാവം കൊണ്ട് ഞാനാണിവരുടെ നേതാവ് എന്നൊരു ഏറെ എടുത്തണിഞ്ഞ് എന്നൊന്നും കർത്താവ് കരുതിയില്ല ഇവരെല്ലാം കണ്ടാൽ ഏറെക്കുറെ ഒരുപോലെ ഇരിക്കുന്നു എന്നുള്ളതിൽ നിന്ന് നമുക്കെടുക്കാവുന്ന പാഠം കർത്താവ് ആരെ ശുശ്രൂഷിക്കാനായിട്ട് വന്നോ അവർക്കൊപ്പമായി അതൊരു കൊച്ചു കാര്യമല്ല നമ്മളെ ഫിലിപ്പ ലേഖനത്തിലും ആ കാര്യം കാണുന്നുണ്ടല്ലോ താൻ ആർക്കു വേണ്ടി വന്നോ അവരെ പോലെയായി അതൊരു ദൈവീകമായ ഒരു പ്രമാണത്തിൻ്റെ ഭാഗമാണ് ഇവിടെ നമ്മുടെ വിഷയം അതല്ല ഇങ്ങനെ കർത്താവിനെ അന്വേഷിച്ച് വന്നപ്പോൾ ഈ പടയാളികൾക്കും സേവകർക്കും ഈ കൂട്ടത്തിൽ നിന്ന് ആരാണ് കർത്താവ് എന്ന് അത്ര വ്യക്തതയില്ല വ്യക്തത ഇല്ലാത്തപ്പോൾ സാധാരണ കുറ്റവാളികളൊക്കെ ഞാനല്ല മറ്റൊരാളാണ് അല്ലെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ ഇവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരു ഘട്ടത്തിൽ കർത്താവിത അവരുടെ മുമ്പിൽ നിന്ന് ഞാൻ തന്നെ നിങ്ങൾ ആരെ തിരയുന്നു ഞാൻ തന്നെ അപ്പോൾ അവർക്കത് വ്യക്തമായില്ല പിന്നെയും കർത്താവ് ഞാൻ തന്നെ അയാം എന്ന് പറയുമ്പോൾ ആറാമത്തെ വാക്യത്തിൽ അവരെ നിലത്ത് വീണു ആ വാക്യത്തെക്കുറിച്ചൊക്കെ വളരെ വ്യത്യസ്തമായ അതിൻ്റെ തിയോളജിയുടെ ഒത്തിരി ഭാഗങ്ങളുമൊക്കെ എടുത്ത് പലരും പല കാര്യങ്ങൾ പറയാറുണ്ട് ദൈവം വലിയവനായ ദൈവം ഇസ്രായേൽ മക്കൾക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ഞാനാകുന്നുവൻ ഞാനാകുന്നു അയാം എന്ന് പറഞ്ഞ് വെളിപ്പെടുത്തിയ അതേ വാക്കുകൾ തന്നെയാണ് കർത്താവ് ഇവിടെ എടുത്തേക്കുന്നത് അതെ ഞാൻ തന്നെ അയാം എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവർ ഇവൻ ദൈവപുത്രനാണ് എന്നുള്ളത് ആ നിലയിലും കർത്താവ് അവസാന വാക്കുകളിൽ പോലും തന്നെ തന്നെ ആ നിലയിൽ അസർട്ട് ചെയ്ത് അവരുടെ മുമ്പിൽ പറയുകയായിരുന്നു ആ വാക്കുകളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ശക്തിയില്ലാതെ അവരെന്ത് ചെയ്തു അവരെല്ലാം പിൻവാങ്ങി നിലത്ത് വീണു പിന്നെയും കർത്താവ് അതിൻ്റെ നമ്മൾ വായിച്ചാൽ നമ്മൾ ആ ഒരു സീക്വൻസ് നമ്മൾ വായിച്ചാൽ നമ്മൾ ചിലപ്പോഴേ അത്ഭുതപ്പെട്ടു പോകും കർത്താവിൻ്റെ ഒരു ആവശ്യമാണ് തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകേണ്ടത് എന്നുള്ള മട്ടിലാണ് ഇവർ വരിക നിങ്ങളാരെയാണ് തിരയുന്നത് നസ്രേനെ അത് ഞാൻ ഉടനെ അവർ പേടിച്ച് നിലത്ത് വീഴും ഉടനെ കർത്താവ് പിന്നെ അവരെ ധൈര്യപ്പെടുത്തി നിങ്ങൾ ആരെയാണ് തിരയുന്നത് ഏഴാമത്തെ വാക്യത്തിൽ നിങ്ങൾ ആരെയാണ് തിരയുന്നു എന്ന് പിന്നെയും ചോദിച്ചപ്പോൾ നസ്രയനായ യേശുവിനെ എന്ന് പറഞ്ഞ് അത് ഞാൻ തന്നെ എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ എന്നെ ആകുന്നു തിരയുന്നതെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ എൻ്റെ ശിഷ്യന്മാർ പൊയ്ക്കൊള്ളട്ടെ എന്നൊക്കെ പറഞ്ഞ് കർത്താവ് വീണ്ടും തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ രംഗം അങ്ങനെ ഒരു രംഗത്ത് തൻ്റെ ശിഷ്യന്മാർക്കൊന്നും ഒരു വ്യക്തതയില്ല എന്താ ചെയ്യേണ്ടത് എന്താ പെരുമാറേണ്ടത് നേരത്തെ ഒരു ഭാഗത്ത് കർത്താവ് ചോദിച്ചല്ലോ നിങ്ങളുടെ കയ്യിൽ എത്ര വാളുണ്ട് എന്ന് ചോദിച്ചു അതൊരു പ്രത്യേക അർത്ഥത്തിൽ കർത്താവ് ചോദിച്ചതാണ് എന്നാൽ അവരതിനെ അക്ഷരാർത്ഥത്തിലെടുത്തു ഷിമോൻ പത്രോസ് തനിൻ്റെ കയ്യിൽ ഒരു വാളുണ്ടായിരുന്നു തനിക്കുള്ള വാൾ ഊരി മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടി അവൻ്റെ വലത് കാല അറുത്തു വലത് കളഞ്ഞു എന്നൊക്കെ നമ്മൾ വായിക്കുന്നു നമ്മൾ അതിനെ തുടർന്ന് യേശു ഷിമോൻ പത്രോസിനെ ശാസിച്ചിട്ട് അവനോട് പറയുന്നു ആ ഭാഗമാണല്ലോ നമ്മൾ വായിച്ച പതിനൊന്നാമത്തെ വാക്യം വാൾ ഉറയിലിടുക പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ എന്ന് പറഞ്ഞു സത്യത്തിൽ പിതാവും കർത്താവും തമ്മിലുള്ള ബന്ധം വളരെ വളരെ ആഴമുള്ള ബന്ധമാണ് നാം ഈ സുവിശേഷങ്ങളൊക്കെ വായിക്കുമ്പോൾ കർത്താവിൻ്റെ അടുത്തേക്ക് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ കർത്താവിനോട് സംസാരിക്കുമ്പോഴൊക്കെ യേശു എന്തു ചെയ്യും യേശു വളരെ വിനയത്തോടെ പിതാവിനേക്കാൾ വലിയവൻ എന്ന് പറഞ്ഞ് പിതാവിലേക്ക് വിരൽ ചൂണ്ടുന്നത് പോലെയാണ് പലപ്പോഴും സംസാരിക്കുന്നത് പിതാവ് ഞാനും ഒന്നാണ് പിതാവിനെ വളരെ വലിയ നിലയിൽ വലിയ നിലയിൽ പറയുന്നു പിതാവ് എനിക്ക് ദോഷമായിട്ടൊന്നും ചെയ്യയില്ല പിതാവുണ്ട് എന്നെല്ലാം പറഞ്ഞ് യേശു താനും പിതാവും തമ്മിലുള്ള ആ ഇഴയടുപ്പം എപ്പോഴും വ്യക്തമാക്കി തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് എന്ന് മാത്രമല്ല തൻ്റെ ശിഷ്യന്മാരോട് ആ കാലഘട്ടത്തിൽ അവർ ദൈവത്തെ വലിയ പേടിയോടെ കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അവരെ പഠിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഈ പിതാവിനെ ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് എന്ന് തന്നെ സംബോധന ചെയ്യാനായിട്ടും പ്രേരിപ്പിച്ച് അങ്ങനെ പിതാവും നമ്മളും തമ്മിൽ ഒരു വളരെ അടുത്ത ബന്ധമാണ് പിതാവ് നമുക്ക് ദോഷമായിട്ടൊന്നും ചെയ്യുകയില്ല മത്ത എഴുത സുവിശേഷം ആറാം അധ്യായത്തിലെ പർവ്വതപ്രസംഗത്തിലെ കർത്താവ് പറയുന്നുണ്ടല്ലോ നമ്മുടെ പിതാവ് നിങ്ങളുടെ പിതാവ് ഈ കുരുവികൾക്ക് വേണ്ടത് കൊടുക്കാൻ കഴിയുന്നെങ്കിൽ എന്ന് പറയുന്നുണ്ട് പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നു രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് അപ്പോൾ സ്വർഗത്തിലുള്ള ദൈവം ആ കാലത്ത് യഹൂതൻ വലിയ പേടി സ്വപ്നമായിരുന്ന ആ ദൈവത്തെ നിൻ്റെ പിതാവ് നമ്മുടെ പിതാവ് നമുക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഈ കുരുവികൾക്ക് വേണ്ടി ഈ കാര്യം ചെയ്യുന്ന ആ പിതാവ് നമുക്ക് വേണ്ടി വിചാരപ്പെടുകയില്ലയോ എന്നൊക്കെ പറഞ്ഞ് നമുക്കേറ്റവും അടുപ്പത്തോടെ ചെല്ലാവുന്ന നമുക്കേറ്റവും സുരക്ഷിതത്വം കിട്ടാവുന്ന ഒരിടമായിട്ട് പിതാവിനെ ആണ് യേശു പ്രസൻറ്റ് ചെയ്യുന്നത് ഈ സുവിശേഷങ്ങളിൽ ഇതേ വരെ പക്ഷെ ഇവിടെ വരുമ്പോൾ ഇവിടെ വരുമ്പോൾ ഇതാ തന്നെ പിടിച്ചുകൊണ്ട് പോകാനും തന്നെ ആക്ഷേപിക്കാനും നിന്ദിക്കാനും തന്നെ പരിഹസിക്കാനും തന്നെ വിചാരണ എന്നൊരു പ്രഹസനത്തിന് വിധേയനാക്കിയതിന് ശേഷം തന്നെ ക്രൂശിക്കാനും വന്ന ഈ ആളുകൾ വന്നപ്പോൾ അവരെ നേരിടാൻ തുടങ്ങിയ പത്രോസിനെ കർത്താവ് വിലക്കുന്നു മതി വാൾ ഉറയിലിടുക എന്ന് പറഞ്ഞിട്ട് തുടർന്ന് കർത്താവ് പറയുന്നു പിതാവ് എനിക്ക് തന്ന പാനപാത്രമാണിത് നമ്മൾ ഇതേ പിതാവിനെക്കുറിച്ച് ശേഷു മുന്നോട്ട് വെച്ച ഒരു സങ്കല്പത്തിന് ചേരാത്ത ഒരു കാര്യമാണിത് പിതാവ് ദോഷമായിട്ടൊന്നും ചെയ്യേയില്ല ഈ കുരുവികളെ പോറ്റുന്ന പിതാവ് നമുക്ക് എത്ര നന്മ ചെയ്യും എന്നെല്ലാം പറഞ്ഞ് നമുക്കേതാവശ്യത്തിനും ചെന്നെത്താവുന്ന നമ്മളെ ഒറ്റ കൊടുക്കാത്ത ഒരിടം നമ്മളെ മറ്റാർക്കും കൊടുക്കാത്ത അവിടെ വലിയ സുരക്ഷിതത്വമുണ്ട് എന്നൊക്കെ പറഞ്ഞ ആ പിതാവ് ആ പിതാവിനെ കുറിച്ച് ഇവിടെ പറയുന്നത് എന്താ ഈ പാനപാത്രം ആര് തന്നതാ പിതാവ് തന്നതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വൈരുദ്ധ്യം ഒന്ന് നോക്കുക സത്യത്തിൽ ദൈവമായ കർത്താവാണോ ഈ പാനപാത്രം നൽകിയത് നമ്മളീ പാനപാത്രം ഈ കർത്താവ് അനുഭവിക്കാൻ പോകുന്ന ക്രൂശിമരണവും ആ കഷ്ടപ്പാടുകളെയും ഒരു കഷ്ടതയുടെ പാനപാത്രം അങ്ങനെയൊക്കെയുള്ള നം പാട്ടുകളൊക്കെ നമ്മൾ പാടാറുണ്ടല്ലോ കഷ്ടതയുടെ ഒരു പാനപാത്രമായിട്ട് നമ്മളെടുത്താൽ ഈ പാനപാത്രം കൊണ്ടുവരുന്നത് ആരാ ഈ പാനപാത്രം കൊണ്ടുവരുന്നത് ഒരുപക്ഷെ ഈ സ്ക്രിയോ ഈ ചേവകരോ ഈ പടയാളികളോ അതിന് പുറകോട്ട് അതിൽ നിന്നും പിന്നെയും മുന്നോട്ട് പോയാൽ കയ്യഫാവോ അന്നാസോ ഹേരോതാവോ അല്ലെങ്കിൽ പീലാത്തോസോ തന്നെ ക്രൂശിക്കുന്ന പടയാളികളൊക്കെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെ കാണാൻ കഴിയും തൻ്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരു കൂട്ടത്തെ തനിക്ക് കാണാനായിട്ട് കഴിയും പക്ഷേ അവരാണ് നമ്മൾ സാധാരണ നമ്മുടെ യുക്തി കൊണ്ട് ആലോചിച്ചാൽ അവരാണ് ഈ പാനപാത്രം ഈ കഷ്ടതയുടെ പാനപാത്രം കൊണ്ടുവരുന്നത് പക്ഷേ കർത്താവ് ഇവിടെ പറയുമ്പം അവരെ ആരെയും കാണുന്നില്ല യുവതായും കാണുന്നില്ല ഈ പടയാളികളെയും കാണുന്നില്ല അന്നാവിനെയും കയ്യഭാവിനെ കാണുന്നില്ല പീലാതോസിനെ കാണുന്നില്ല തന്നെ ക്രൂശിച്ചവരും ക്രൂശിനു ചുവട്ടിൽ നിന്ന് തലകുലിക്കവരും പരിഹസിച്ചവരും ആരെയും കാണുന്നില്ല പിന്നെ ആരെ കാണുന്നു പിതാവിനെ കാണുന്നു പിതാവാണ് ഈ പാനപാത്രം എനിക്ക് നൽകിയത് എന്ന് പറയുമ്പോൾ അത് നമ്മൾ നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമുക്കെപ്പോഴും എടുക്കാവുന്നത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന അനുകൂലമായ സാഹചര്യങ്ങളെ നമ്മൾ ദൈവത്തിൻ്റെ കരുണയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ടും നമ്മൾ കാണും എന്നാൽ പലപ്പോഴും സ്വാഭാവികമായിട്ട് നമുക്ക് നമുക്കത്ര സന്തോഷമില്ലാത്ത ദുഃഖകരമായ കഷ്ടതയുള്ള ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് ദൈവത്തിൽ നിന്നാണ് എന്ന് നമുക്ക് തോന്നുകയില്ല മറിച്ച് ആ കഷ്ടകരമായ സാഹചര്യത്തിലേക്ക് നമ്മളെ നടത്തിയ ആളുകളെ നമ്മൾ കാണും അങ്ങനെയല്ല വേണ്ടത് മറിച്ച് ഏത് സാഹചര്യത്തിലും നമ്മൾ ദൈവത്തെയാണ് കാണേണ്ടത് കഷ്ടതയുടെ ഈ പാനപാത്രവും പിതാവാണ് കൊണ്ടുവന്നത് പിതാവ് പിതാവ് ആണ് തന്നത് ഈ പിതാവ് പിന്നെ ഈ പാനപാത്രം ഒരു പക്ഷേ യൂതായുടെ ഈ പടയാളികളുടെ കൈയിലോ വല്ലതും കൊടുത്തയച്ചായിരിക്കും പക്ഷെ അവരെയല്ല ആ പാനപാത്രം എടുത്തുകൊണ്ട് വന്ന ആളുകളെയല്ല യേശു കാണുന്നത് മറിച്ച് ഇത് പിതാവിൻ്റെ ഹിതമാണ് പിതാവിൻ്റെ ഇഷ്ടമാണ് എന്ന് കാണുമ്പോൾ അത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് വന്നാൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒത്തിരി കാഴ്ചപ്പാട് മാറിപ്പോകും നമുക്ക് ശത്രുക്കളില്ലാതായിപ്പോകും നമുക്ക് ശത്രുക്കളില്ലാതായിപ്പോകും യേശുവിനൊരു ശത്രു ഉണ്ടോ ഇവിടെ യേശുവിനൊരു ശത്രു ഇല്ല ഇവരെ ആരെയല്ല കാണുന്നത് പിതാവ് ആ പിതാവ് പിതാവ് എപ്പോഴും സ്നേഹവാനാണ് ദൈവം സ്നേഹമാണ് പിതാവിൻ പിതാവ് സ്നേഹമാണ് അപ്പോൾ തനിക്കെവിടെയും ആ പിതാവിനെ മാത്രമേ കാണാനുള്ളൂ എങ്കിൽ അതെത്ര വലിയ ഒരു ജീവിതത്തെ എത്ര വ്യത്യാസപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കർത്താവ് പർവ്വത പ്രസംഗത്തിലെ പറയുന്നുണ്ടല്ലോ ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ അവരെന്ത് ചെയ്യും അവരെവിടെയും ദൈവത്തെയാണ് കാണുന്നത് എന്ന് താനെ പറഞ്ഞത് തൻ്റെ ജീവിതത്തിൽ ഇവിടെ ഇതാ പ്രായോഗികമാകുന്നു താനിവിടെ മറ്റാരെയും കാണുന്നില്ല പിതാവ് എനിക്ക് തന്നത് എന്ന് താനെ കാണും നമ്മളിത് കാണുമ്പോൾ ഈ ഒരു ഈ ഒരു ചിന്താധാര ഈ ഒരു കാര്യങ്ങളെ ഈ നിലയിൽ കഷ്ടങ്ങളെയും പ്രയാസങ്ങളെയും അല്ലെ നമ്മളെ ഉപദ്രവിക്കുന്നവരെയും അവരെ കാണാതെ അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ കരുത്തെ കാണുന്ന ഒരു രീതി നമുക്ക് പഴയ നിയമത്തിൽ തന്നെ യേശുവിൻ്റെ നിഴലായി നിൽക്കുന്ന ചില വിശുദ്ധന്മാരിലെ ചില ദൈവഭൃത്യന്മാരിലെ നമുക്ക് കാണാനായിട്ട് കഴിയും അങ്ങനെയൊരാളാണ് ജോസഫ് ജോസഫിനെക്കുറിച്ച് നൂറ്റി അഞ്ചാം സങ്കീർത്തനം അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ ജോസഫിനെക്കുറിച്ച് പറയുക ജോസഫിനെ കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുമ്പം നൂറ്റി അഞ്ചിൻ്റെ പതിനേഴ് അവർക്ക് മുമ്പായി അവനൊരാളെ അയച്ചു ജോസഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ ഈ സംഭവം ഈ ചരിത്രമറിയാവുന്ന നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും ഈ അക്കോബിൻ്റെ മറ്റു മക്കളെല്ലാം കൂടെ കൂടി അവർക്ക് വൈരാഗ്യമുണ്ടായിരുന്ന അവർക്ക് അസൂയ ഉണ്ടായിരുന്ന ജോസഫിനെ ദാസനായിട്ട് വിറ്റ് മിശ്രൈമിലേക്ക് അയച്ച സംഭവമായി ഇവിടെ പറയുന്നു പക്ഷേ അവൻ അവർ ദാസനായിട്ട് ജോസഫിനെ വിറ്റു എന്ന് പറയുന്നിടത്ത് അതിൻ്റെ തൊട്ടുമുകളിൽ പതിനേഴിൻ്റെ തുടക്കത്തിൽ ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു കൊച്ചു വാചകത്തിൽ കോറിയിട്ടേക്കുന്ന കാര്യം കണ്ടോ അവർക്ക് അവൻ ഒരാളെ അയച്ചു എങ്ങോട്ട് എങ്ങോട്ടയച്ചതാ അതിൻ്റെ മുകളിലുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കിയാലറിയാം അതായത് ദേശത്തെല്ലാം ക്ഷാമവും അപ്പമെന്ന കോലിനെ നിശേഷം ഒടിച്ച് കളയുന്നതുമായ ഒരു വലിയ ക്ഷാമം വരുന്നു ആ ക്ഷാമം വരുമ്പോൾ തൻ്റെ മക്കളെ ദൈവം അത്ഭുതമായിട്ട് ക്ഷാമം കൂടാതെ കാത്തു കാര്യം പറഞ്ഞു ആ കാത്തു എങ്ങനെയായിരുന്നു ഇവരെ ആ ജോസഫ് അവിടെ ചെന്നു മിശ്രമിൽ ചെന്നു അവിടെ ആയിരുന്നു യാക്കോവിൻ്റെ മറ്റു മക്കൾ അവിടേക്ക് ചെന്ന് അപ്പം അല്ലെങ്കിൽ ധാന്യം വാങ്ങിച്ചു പോരുന്ന ആ കാര്യമൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഞാൻ പറയാൻ വന്നത് ഇതേയുള്ളൂ ജോസഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ എന്ന് പറഞ്ഞതിനോട് ചേർത്ത് പറയുന്നു ഈ ജോസഫിനെ മിശ്രൈമിലേക്ക് മിശ്രൈമിലേക്ക് അയച്ചു ജോസഫെന്ന് അവിടെ പറയുന്നില്ല ഒരാളെ അയച്ചു എന്നാണ് പറയുന്നത് ആരയച്ചത് ഈ പോയി ധാന്യം കൈക്കൊള്ളാനായിട്ട് പോകുന്ന ആളുകൾക്ക് മുമ്പായിട്ട് ജോസഫിനെയും ഇസ്രൈമിലേക്ക് അയച്ചു ആരയച്ചു അവൻ അവൻ അവൻ ദൈവം ഗോഡ് ദൈവമാണ് ജോസഫിനെ അങ്ങോട്ട് അയച്ചത് എന്നിട്ട് പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് പറയുക ജോസഫിനെ അവർ ദാസനായി വിറ്റുമല്ലോ അവൻ അവർ എന്ന് രണ്ട് പ്രയോഗങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് ജോസഫിനെ മിശ്രൈമിലേക്ക് അയച്ചു അതാരയച്ചത് അവനയച്ചത് ദൈവം അയച്ചത് ജോസഫിനെ മിശ്രൈമിലേക്ക് ദാസനായിട്ട് വിറ്റു അതാരാണ് ചെയ്തത് ആ രൂപേൻ മുതൽ ഇങ്ങോട്ടുള്ള മറ്റേ അവൻ്റെ സഹോദരങ്ങളാണ് ചെയ്ത് പക്ഷേ അവരാണ് ദാസനായിട്ട് വിറ്റതെങ്കിലും ഇവിടെ ഇതാ സങ്കീർത്തനക്കാരൻ ജോസഫിൻ്റെ ചരിത്രം പറയുമ്പോൾ പറയുന്നു സത്യത്തിൽ അവനെ മിശ്രൈമിലേക്ക് അയച്ചത് ആരാ ദൈവം അയച്ചത് ഈ സഹോദരന്മാരൊക്കെയാണ് അതിന് നിമിത്തമായിട്ടും ഉപകരണമായിട്ടും ഇൻസ്ട്രുമെൻ്റായിട്ടും പെരുമാറിയത് അല്ലെങ്കിൽ മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ ആ കപ്പ് പാനപാത്രം എടുത്തുകൊണ്ട് വന്നത് ഒരുപക്ഷെ ഈ സഹോദരന്മാരായിരിക്കും പക്ഷേ ആ പാനപാത്രം അതിന് മുമ്പ് തന്നെ ആരുടെ നിശ്ചയമായിരുന്നു അവൻ അവൻ അവൻ ദൈവം കണ്ടു ആ സാഹചര്യത്തിലും ദൈവത്തെ കാണുന്നു ഇത് സങ്കീർത്തനക്കാരന്മാ ൻ്റെ ഒരു ഒരു തിരിച്ചറിവാണോ സങ്കീർത്തനക്കാരനുണ്ടായ ഒരു വെളിപ്പാടാണോ അല്ല ഈ സങ്കീർത്തനക്കാരൻ ജോസഫിൻ്റെ ചരിത്രമൊക്കെ നല്ലപോലെ വായിച്ചു വന്നപ്പം ജോസഫിൻ്റെ ജീവിതത്തിൽ ജോസഫ് ഉടനീളം ഈ ഒരു മനോഭാവമാണ് പുലർത്തിയത് അതായത് എൻ്റെ സഹോദരന്മാരല്ല എന്നെ വഞ്ചിച്ചത് ദൈവം തന്നെയാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത് കാര്യം താൻ പലയിടത്തും പറയുന്നുണ്ട് അങ്ങനെ പറയുന്നു ആ ജോസഫിൻ്റെ ചരിത്രം വായിച്ചിട്ട് ഈ സങ്കീർത്തനക്കാരൻ ഈ കാവ്യം ചമച്ചപ്പോൾ തൻ്റെ മനസ്സിലെന്താ തൻ്റെ മനസ്സിൽ ആ ജോസഫിൻ്റെ മനോഭാവത്തോട് ചേർന്ന് നിന്ന് അവനെ അയച്ചത് അവരല്ല അവന് അവന ദൈവം അയച്ചത് എന്ന് പറയാൻ പ്രേരണയായത് സത്യത്തിൽ ജോസഫിൻ്റെ ചരിത്രം വായിക്കുന്നത് കൊണ്ടാണ് ചരിത്രം നമുക്ക് നോക്കാം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ നാൽപ്പത്തി ഏഴാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ജോസഫ് ഈ കാര്യം പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും ഇവിടെ ഇതാ ജോ താന് പറയുന്നു ക്ഷമിക്കണം അതിൻ്റെ നാൽപ്പത്തി അഞ്ചാമത്തെ അധ്യായം നാൽപ്പത്തി അഞ്ചാം അധ്യായം നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം താന് ജോസഫ് തൻ്റെ സൗഹന്മാരോട് പറയുന്നു ഇങ്ങോ തന്നെ തന്നെ അവരുടെ മുമ്പാകെ വെളിപ്പെടുത്തിയ രംഗം വെളിപ്പെടുത്തിയിട്ട് പറയുന്നു അതിൻ്റെ നാലാമത്തെ വാക്യം മുതൽ ജോസഫ് സഹോന്മാരോട് ഇങ്ങോട്ടടുത്തു വരുവേ എന്നാ പറഞ്ഞു താൻ തന്നെ അവരുടെ മുമ്പാകെ തന്നെ വെളിപ്പെടുത്തി താൻ ഉച്ചത്തിൽ കരഞ്ഞു സഹോദരന്മാരോട് പറയുന്നു അതിൻ്റെ മൂന്നാമത്തെ വാക്യം ഞാൻ ജോസഫ് ആകുന്നു എൻ്റെ അപ്പൻ ജീവനോട് ഇരിക്കുന്നു എന്ന് ചോദിച്ചു അവൻ്റെ സഹോദരന്മാർ അവൻ്റെ സന്നദ്ധിയിൽ ഭ്രമിച്ചു പോയതുകൊണ്ട് അവർക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല ജോസഫ് സഹോന്മാരോട് പറയുന്നു സഹോന്മാരെ ഇങ്ങോട്ട് അടുത്ത് വരുവേൻ എന്ന് പറഞ്ഞ് അടുത്തു ചെന്നപ്പോൾ അവൻ വീണ്ടും പറയുന്നു നിങ്ങൾ മിശ്രൈമിലേക്ക് വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരനായ ജോസഫാകുന്നു ഞാൻ അഞ്ചാമത്തെ വാക്യം എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കണ്ട വിഷാദിക്കുകയും വേണ്ട ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു നിങ്ങളല്ല നിങ്ങൾ നിങ്ങളല്ല എന്നെ വിറ്റ് കളഞ്ഞത് കണ്ടോ നമ്മൾ സങ്കീർത്തനം നൂറ്റഞ്ചിൽ വായിച്ച പതിനേഴിൽ വായിച്ച അതേ കാര്യം തന്നെ നിങ്ങളല്ല നിങ്ങൾക്ക് മുമ്പേ എന്നെ ഇങ്ങോട്ട് അയച്ചതാരാ ദൈവമാണ് ദൈവമാണോ സത്യത്തിൽ അയച്ചത് എങ്ങനെയായിരുന്നു ഇവരെ ഇസ്മായിലിയ കച്ചവടക്കാർക്ക് വിറ്റുകളഞ്ഞതാ സത്യത്തിൽ അതാ നടന്നത് പക്ഷേ അതാണ് നടന്നതെങ്കിലും ജോസഫ് ഈ രംഗത്ത് എന്ത് കാണുന്നില്ല തന്നെ വിറ്റുകളഞ്ഞ സഹോദരന്മാരെയല്ല കാണുന്നത് മറിച്ച് ഓ ഈ ക്ഷാമം വരുമ്പോൾ ഇവരെ പട്ടിണിയിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാണ് എന്ന് താൻ അവിടെ തീർത്ത് പറയുക ചെയ്യുന്നു ഇതേ കാര്യം തന്നെ അൻപതാമത്തെ അധ്യായത്തിലേക്ക് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അവസാന അധ്യായത്തിൽ വരുമ്പം ഈ കാര്യം വീണ്ടും ജോസഫ് ആവർത്തിച്ച് സൗഹന്മാരോട് പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും അത് പറയാൻ വരുന്ന സാഹചര്യം എന്താ യാക്കോബ് മരിച്ചുപോയി യാക്കോബ് മരിച്ചു പോയി കഴിഞ്ഞപ്പം സഹോദരന്മാർക്ക് എന്ത് എന്ത് തോന്നി വീണ്ടും ഒരു അരക്ഷിതബോധം തോന്നി തങ്ങളുടെ പിതാവ് യാക്കോബ് ഉണ്ടായിരുന്നെങ്കിൽ ജോസഫിന് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ജോസഫ് സഹോദന്മാരുടെ കാര്യമൊക്കെ ഇത്രയും നാൾ നോക്കിയതുപോലൊക്കെ നോക്കിയേന് പക്ഷേ ഇതാ യാക്കോബ് മരിച്ചുപോയി ഇനിയിപ്പം ജോസഫ് പഴയ വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ച് തങ്ങളോട് പക വീട്ടുമോ എന്നൊരു പേടി അവരുടെ ഹൃദയത്തിൻ്റെ കിടപ്പുണ്ട് നമ്മൾ ഓർക്കണേ ഈ തെറ്റ് ചെയ്ത ആളിനെപ്പോഴും എന്തുണ്ട് പേടിയുണ്ട് ഏ കള്ളൻ്റെ തലേ പപ്പ് പണ്ട് കുഞ്ഞുങ്ങളെ കളിക്കുമ്പോൾ കള്ളൻ്റെ തലേ പപ്പെന്ന് പറയുമ്പോൾ കള്ളൻ ചെയ്ത ആളാണ് തലേ തപ്പി നോക്കുന്നത് അല്ലാതെ പത്ത് പേരുണ്ടെങ്കിൽ ബാക്കി ഒമ്പത് പേരും അവർ തലേ തപ്പി നോക്കുകയല്ല ഒരുത്തം തപ്പി നോക്കും തപ്പി നോക്കിയവനെന്താ അവനാ തെറ്റുകാരൻ എന്ന് പറഞ്ഞതുപോലെ തെറ്റ് ചെയ്താൽ തെറ്റ് ചെയ്താൽ നമ്മുടെ മനസ്സാക്ഷി നമ്മളെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കും ഇവിടെ ഇതാ ജോസഫിൻ്റെ ഈ ചരിത്രം നോക്കുക സഹോരന്മാരെ താനെ വളരെ കാര്യമായിട്ട് സ്വീകരിച്ചു രഥമയച്ച് ഇവരുടെ കുഞ്ഞുകുട്ടികളെ എല്ലാം കൊണ്ടുവന്നു പിതാവിനെ കൊണ്ടുവന്നു ഗോശന്ദേശത്ത് നല്ല സ്ഥലം ഒക്കെ പറഞ്ഞ് ഫറവാനോട് പറഞ്ഞ് അങ്ങനെയെല്ലാം ഭംഗിയായിട്ട് താമസിക്കുന്നു ഒരു പ്രശ്നവും ഉണ്ടായില്ല തൻ്റെ വാക്കിലാകട്ടെ നോക്കിലാകട്ടെ ഈ സഹോദരന്മാരെയോ കുടുംബത്തെയോ കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യം പോലും ജോസഫ് അതേവരെ പറഞ്ഞിട്ടില്ല പക്ഷേ വർഷങ്ങൾ കടന്നുപോയി വർഷങ്ങൾ നാളുകൾ കടന്നുപോയി എന്നാൽ ഇതാ യാക്കോബ് അവരുടെ പിതാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെയും അവർക്ക് കുറ്റബോധം തോന്നുക അവർ വന്നിട്ട് അവർ പറ അവർ പറയുന്നു ജോസഫ് അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം ഒൻപതാമത്തെ അധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം അപ്പൻ മരിച്ചുപോയി എന്ന് ജോസഫിൻ്റെ സൗഹന്മാർ കണ്ടിട്ട് പക്ഷേ മേ പക്ഷേ ജോസഫ് നമ്മെ ദേഷിച്ച് നാം അവനോട് ചെയ്ത സകല ദോഷത്തിനും നമ്മോട് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞു അവരെന്താ അങ്ങനെ പറഞ്ഞതിന് കാര്യം അവരവരുടെ സ്വഭാവം വെച്ചാൽ ജോസഫിനെ അടക്കുന്നു എന്ന് വെച്ചാൽ അവരോടൊരാളൊരു തെറ്റ് ചെയ്താൽ എന്തു ചെയ്യുക ഇത് മറക്കുകയില്ല ഏഹ് ചില പാമ്പിനെക്കുറിച്ചൊക്കെ പറയുമല്ലോ അത് മറക്കുകയില്ല പിന്നെ അതങ്ങനെ അങ്ങനെയൊക്കെ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ചെയ്യുമോ അതോ നമ്മുടെ ഒരു സങ്കല്പം വന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂട പക വെച്ച് വന്ന് പിന്നെ വന്ന് എന്ന് പറഞ്ഞ പോലെ മനുഷ്യൻ പ്രായണ അവനെതിരെ ചെയ്യുന്ന തെറ്റുകൾ സ്വാഭാവികമായിട്ട് അവനെ മറക്കുകയില്ല മറക്കുകയില്ല ചിലർ പറയലോ ബ്രതറ ഞാനത് ക്ഷമിച്ചു പക്ഷേ ഞാനത് മറക്കുകയില്ല എൻ്റെ കൊക്കിൽ ജീവനുണ്ട് മറക്കുക ആ കൊള്ളാം കൊള്ളാം മറക്കുകയില്ല ദൈവം പക്ഷേ അങ്ങനെയല്ലല്ലോ ദൈവം അത് ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യും ബ്രായർ എട്ടാമധ്യായത്തിലും പത്താമധ്യായത്തിലും ആവർത്തിച്ച് പറയും ഇവിടെ ഈ പക്ഷെ ജോസഫ് ദൈവത്തെ പ്രതിദാനം ചെയ്യുന്ന അല്ലെങ്കിൽ യേശുവിനെ നഴലായി നിൽക്കുന്ന ഒരു കഥാപാത്രമായതുകൊണ്ട് ജോസഫ് അത് വിട്ടുകളഞ്ഞു ജോസഫ് ആ കാര്യം ഓർക്കുന്നേയില്ല അല്ലെങ്കിൽ താൻ ഉള്ളിൽ ഒരു പക സൂക്ഷിക്കുന്നില്ല ഒരു പ്രതികാരത്തിൻ്റെ മനോഭാവം തനിക്കില്ല എന്നാൽ ഈ സഹോരന്മാർ വിചാരിച്ചു പക്ഷേ ഇവൻ പ്രതികാരം ചെയ്തേക്കും കാരണം അവരുടെ സ്വഭാവം അതാ തങ്ങളുടെ സ്വഭാവം അനുസരിച്ചാൽ തങ്ങളോട് തന്നെ മറ്റുള്ളവരെ ഉപയോഗിക്കുകയും തങ്ങളാൽ തന്നെ അളക്കുകയും ചെയ്യുക എന്ന് പൗലോസഫ് ഇന്നൊരിക്കൽ ഒരിടത്ത് പറയുന്ന പോലെയാണ് ആളുകൾ പ്രായണം തങ്ങളെങ്ങനാണോ പെരുമാറുന്നത് അതുപോലെ ആയിരിക്കും മറ്റുള്ളവരും എന്ന് വിചാരിക്കും ഈ സഹോന്മാർ അങ്ങനെ വിചാരിച്ചു എന്നിട്ട് പറഞ്ഞു അവൻ നമ്മോട് പ്രതികാരം ചെയ്യും എന്ന് വിചാരിച്ചു എന്നിട്ട് അവർ യോസഫിൻ്റെ അടുക്കൽ ആളായിച്ചു ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളോട് ക്ഷമിക്കണമേ അപ്പൻ്റെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ ഓഹം ക്ഷമിക്കണമേ കണ്ടോ അവർ ദൈവത്തെക്കുറിച്ചുള്ള അവരുടെ ബന്ധം കണ്ടോ ദൈവത്തിൻ്റെ ഞങ്ങൾ നമ്മുടെ ദൈവത്തിൻ്റെ നാമത്തെ ക്ഷമിക്കണേ എന്നല്ല പറയുന്നത് വരികൾക്കിടയിലൂടെ നമ്മൾ വായിച്ചാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കിട്ടാനായിട്ട് കഴിയും അവർ പറയുക അപ്പൻ്റെ ദൈവത്തിൻ്റെ ദാസന്മാരാണ് ഞങ്ങൾ അവരുടെ ദ്രോഹം ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു അപ്പം ദൈവത്തോടുള്ള ബന്ധം അവരുടെ ഒരു കെയറോഫിലുള്ള ബന്ധമാണ് അങ്ങനെ വന്നിട്ട് ജോസഫിനോട് സംസാരിക്കുമ്പോൾ അവർ കരഞ്ഞു അവൻ്റെ സവന്മാർ ചെന്ന് അവൻ്റെ മുമ്പാകെ വീണു ഇതാ ഞങ്ങൾ നിൻ്റെ അടിമകൾ ഉടനെ ജോസഫ് പറയുന്നു പത്തൊൻപതാം വാക്യം നിങ്ങൾ ഭയപ്പെടേണ്ട ഏ ദൈവം നിങ്ങൾ ദോഷം വിചാരിച്ചു പക്ഷേ ദൈവം അത് ഭംഗിയായിട്ട് ചെയ്തു എന്നെല്ലാം പറഞ്ഞ് താൻ അവരെ പോറ്റി രക്ഷിക്കും എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി നമ്മൾ പറഞ്ഞത് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തഞ്ചാം അധ്യായത്തിൽ ജോസഫ് ഈ സഹോദരന്മാരെയല്ല കണ്ടത് അവനെയാണ് കണ്ടത് നിങ്ങൾക്ക് മുമ്പായിട്ട് എന്നെ അവനയച്ചു എന്ന് കണ്ടു ഇവിടെ നാളുകൾ കഴിഞ്ഞപ്പോഴും ജോസഫിന് ആ മനോഭാവത്തിൽ നിന്ന് മാറ്റമില്ല പ്രിയപ്പെട്ടവര് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ജോസഫിന് കർത്താവിന് നിഴലായിട്ട് പറയുമ്പോൾ ജോസഫിൽ തന്നെ ഈ ഒരു മനോഭാവം ഉണ്ടായിരുന്നു പഴയ നിയമത്തിലെ കർത്താവിന് നിഴലായിട്ട് നമുക്ക് ധാരാളം കഥാപാത്രങ്ങളെ കാണാൻ കഴിയും എന്നാൽ ഓരോ പലരുടെയും അനുഭവങ്ങൾ നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ എവിടെങ്കിലും ഒക്കെ ചില റിമാർക്ക് നമുക്ക് പറയാനുണ്ടാവും എന്നാൽ ജോസഫിൻ്റെ ചരിത്രം നമ്മൾ നോക്കുക ജോസഫിൻ്റെ ജീവിതം തുടക്കം മുതലൊടുവരെ നോക്കിയാൽ നമുക്കൊരു കറുത്ത പാട് ആ നിലയിൽ കാണാനായിട്ട് കഴിയില്ല ദാവീദിനെക്കുറിച്ച് ദാവീദ് കർത്താവിൻ്റെ നിഴലെന്ന് പറയാം പക്ഷേ ദാവീദിൻ്റെ ജീവിതത്തിൽ പല പല റിമാർക്കുകൾ കറുത്ത പാടുകൾ നമുക്ക് തൊട്ട് കാണിക്കാനുണ്ട് ശലോമോനെക്കുറിച്ച് ഒരളവിൽ പറയാറുണ്ടല്ലോ അങ്ങനെയൊക്കെയുള്ള പലരെക്കുറിച്ച് പറയാറുണ്ട് പക്ഷേ അവരുടെയൊക്കെ ജീവിതത്തിൽ പല റിമാർക്കുകൾ പറയാനുണ്ട് എന്നാൽ ജോസഫോ ജോസഫിൻ്റെ ചരിത്രം നമ്മൾ നോക്കിയാൽ ആ നിലയിൽ പ്രകടമായ ഒരു തെറ്റ് നമുക്ക് കാണാൻ കഴിയുന്നില്ല ഇവിടെ ആളുകളോട് ക്ഷമിക്കുന്ന കാര്യത്തിലും എന്ന് തന്നല്ല തന്നോട് തന്നെ ദ്രോഹിക്കുന്ന ആളുകളെ കാണാതെ ഹൃദയശുദ്ധിയോടെ അവിടെയെല്ലാം ദൈവത്തെ കാണുന്ന ഒരു കാര്യത്തിൽ ജോസഫ് യേശുവിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ള നിഴലായിട്ട് തന്നെ നിൽക്കുന്നു നമ്മൾ റോമർ കേഖനം എട്ടാമധ്യായം നമ്മളെപ്പോഴും പറയാറുള്ള ഒരു വാക്യമാണല്ലോ റോമർ എട്ടിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യം ദൈവമെല്ലാം നന്മയ്ക്കായിട്ട് നമുക്ക് കൂടി വ്യാപരിപ്പിക്കും എന്ന് പറയുന്ന ആ വാക്യം എങ്ങനെയാണ് അങ്ങനെ നമുക്കെല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കാൻ ഒക്കുന്നത് നമുക്ക് ദൈവത്തെ സ്നേഹിച്ച് ഈ ഒരു നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കാണ് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ട ആളുകളുടെ മനോഭാവത്തിലും അവരും എന്തായിരിക്കും അല്ലെങ്കിൽ എന്താകണം ഈ നിലയിൽ ആ പാനപാത്രം എടുത്തോണ്ട് വരുന്നവരെയല്ല അത് ദൈവം എനിക്ക് തന്നതാണ് എന്നുള്ള നിലയിൽ ദൈവത്തെ കാണുമെങ്കിൽ അവർക്കെന്ത് സംഭവിക്കും സകലവും അവർക്ക് നന്മയ്ക്കായിത്തീരും വാസ്തവത്തെ നമുക്ക് നമ്മുടെ പ്രശ്നമെന്താ നമ്മുടെ പ്രശ്നം നമ്മൾ മനുഷ്യരെന്നുള്ള നിലയിൽ നമ്മൾ പല കാര്യങ്ങളും വിട്ടുകളഞ്ഞാലും അല്ലെങ്കിൽ പല കാര്യങ്ങളും വേണ്ടെന്ന് വെച്ചാലും ഇതിലെ ഒരു നന്മ നന്മ ആ നന്മ എന്താണെന്ന് നമ്മൾ കാണാതെ പോകുന്നത് കൊണ്ടാണ് ഈ പാനപാത്രം കൊണ്ടുവരുന്ന ആളുകളോടൊക്കെ വൈരാഗ്യം തോന്നുന്നു അതുകൊണ്ടാണ് റോമറിട്ടിൻ്റെ ഇരുപത്തിയെട്ടും ഇരുപത്തൊൻപതും വളരെ പ്രസക്തമായ വാക്യങ്ങളാകുന്നത് റോമറിട്ടിൻ്റെ ഇരുപത്തെട്ടിൽ പറയുന്നു സകലവും നന്മയ്ക്കായിട്ട് കൂടുകയാട്ട് അതിനെയൊന്ന് വിശദീകരിക്കുകയാണ് ഇരുപത്തൊൻപതിൽ ചെയ്യുന്നത് ഈ നന്മയെന്താണ് നന്മയെന്ന് പറയുന്നത് വേറെ ലോട്ടറി അടിക്കുന്ന ഒന്നുമല്ല നന്മ അല്ലെങ്കിൽ ഉടനെ ഗൾഫിലേക്ക് വിസ കിട്ടുന്നതല്ല നന്മ അല്ലെങ്കിൽ പുതിയ കാർ വാങ്ങുന്നതല്ല നന്മ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേറെ ഉന്നതമായ കാര്യങ്ങൾക്ക് വഴി തുറക്കുന്നതല്ല നന്മ അതൊക്കെ നന്മയാണ് നന്മയാണ് നന്മയാണ് പക്ഷെ ആത്യന്തികതമായ നന്മയെന്ന് പറയുന്നത് എന്താ ആത്യന്തികമായ നന്മ ഇരുപത്തൊൻപതിൽ പറയുന്നു അവൻ്റെ സ്വരൂപത്തോടെ അനുരൂപരാകുക എന്നുള്ളതാണ് നിത്യതയുടെ കാഴ്ചപ്പാടി നോക്കിയാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും വലിയ നന്മ ആ ഒരു വലിയ നന്മ നമ്മളിൽ ചെയ്തെടുക്കാനായിട്ടാണ് ഈ പാനപാത്രവുമായിട്ട് വരുന്ന ചേവകരും പടയാളികളെയും അല്ലെങ്കിൽ യുവതായെയൊക്കെ ദൈവം വച്ചിട്ടുള്ളത് അത് കണ്ടാൽ ഒന്ന് ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്ക് സംശയിക്കുകയല്ല ദൈവം നമ്മുടെ നിത്യതയാണ് ഉദ്ദേശിച്ചാണ് ദൈവം നിൽക്കുന്നത് ദൈവത്തെക്കുറിച്ച് പലപ്പോഴും പറയാറുണ്ടല്ലോ ദൈവം നമ്മളെ ദൈവത്തിൻ്റെ സ്നേഹം നിത്യസ്നേഹമാണ് നിത്യസ്നേഹമാണ് ഇറ്റേണൽ ലവ് നിത്യസ്നേഹമാണ് എന്ന് പറയുമ്പോൾ തന്നെ നിത്യസ്നേഹമാണ് എന്ന് പറയുമ്പോൾ ഇറ്റേണൽ ലവ് ആണ് എന്ന് പറയുമ്പോൾ തന്നെ അതിന് ലൗ ഓഫ് ഇറ്റേണിറ്റി എന്നും പറയാം നിത്യതയെ സംബന്ധിച്ച സ്നേഹമാണ് എന്നു പറയും ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ നമ്മോടുള്ള സ്നേഹം നിത്യമായ സ്നേഹമാണ് നിത്യമായ സ്നേഹമാണ് ഇറ്റേണൽ ലൗവാണ് ഇറ്റേണല്ലൗ നിത്യസ്നേഹമാണ് അതേസമയം അത് നിത്യതയെ സംബന്ധിച്ച സ്നേഹവും കൂടാണ് ലൗ ഫോർ ഇറ്റേണിറ്റി ഇറ്റേണൽ ലവാണ് ലവ് ഫോർ ഇറ്റേണിറ്റിയൂടാണ് നിത്യസ്നേഹം എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ ഈ ലോകത്തിലെ എഴുപതോ എൺപതോ വർഷം ഇവിടുത്തെ സുഖ സൗകര്യങ്ങളോ ഇവിടുത്തെ കാര്യങ്ങളോ ഇവിടുത്തെ നേട്ടങ്ങളോ അല്ല ദൈവം നോക്കുന്നത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യമേതാണ് യാഥാർത്ഥ്യം ഇറ്റേണിറ്റിയാണ് നിത്യതയാണ് നിത്യതയിലെ നമ്മുടെ നേട്ടമാണ് അതിനെയാണ് ദൈവം സ്നേഹിക്കുന്നത് നിത്യതയിലെ നമ്മുടെ നന്മ അതിനെയാണ് ദൈവം സ്നേഹിക്കുന്നത് അങ്ങനെ സ്നേഹിക്കുമ്പം അതിനുള്ള ഒരു ഡ്രസ്സ് റിഹേഴ്സൽ മാത്രമാണ് ഈ എഴുപത് വർഷം അല്ലെങ്കിൽ എൺപത് വർഷം ഇവിടെ നടക്കുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് നിത്യതയിൽ നന്മയുണ്ടാകാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത് അവിടെ നിത്യതയിലെ നന്മ ഏതായിരിക്കും പുത്രൻ്റെ സ്വഭാവത്തോടെ എത്രത്തോളം നമ്മൾ അടുത്ത് വരുന്നോ ഈ ലോക ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം അങ്ങനെ അടുത്ത് വരുന്നോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് നിത്യതയിൽ പ്രതിഫലങ്ങൾ ലഭിക്കുക അല്ലേ കർത്താവിൻ്റെ സ്വഭാവത്തോടെ എത്രത്തോളം എടുത്തു വന്നു നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തില തീർച്ചയായിട്ടും അതിന് വിലയുണ്ട് അതിൻ്റേതായ വിലയുണ്ട് എങ്കിലും നമുക്ക് കർത്താവിൻ്റെ സ്വഭാവത്തോട് ചേർന്ന് വരാതെ തന്നെ വേണമെങ്കിൽ ഒരു കമ്പനി എക്സിക്യൂട്ടീവ് ചില കാര്യങ്ങൾ ചെയ്യുന്ന പോലൊക്കെ ചില പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാം എന്നാലും ആളുകളോടുള്ള വൈരാഗ്യവും വിഷമങ്ങളും ഒക്കെ മനസ്സിൽ സൂക്ഷിക്കുകയും കർത്താവിൻ്റെ സ്വഭാവത്തോട് ചേർന്ന് വരാതിരിക്കുകയും ചെയ്താൽ അതിലൊക്കെ സ്വയത്തിൻ്റെതായ പല പല സ്പർശങ്ങളുള്ളത് കൊണ്ട് ദൈവത്തിന് അതൊന്നും അംഗീകാരയോഗ്യമായ പ്രവൃത്തികളായിരിക്കുകയില്ല പ്രിയപ്പെട്ടവർ ഇന്നത്തെ ക്രിസ്തീയ ലോകം ഈ നിലയിൽ കാണുന്നില്ല അവർ വിചാരിക്കുന്നത് ദൈവത്തിനായിട്ട് ഒത്തിരി കാര്യങ്ങൾ പ്രവർത്തിക്കണം പ്രവർത്തിക്കണം എന്നുള്ളതാണ് പക്ഷെ ആ പ്രവൃത്തിയുടെ പിന്നിൽ നമ്മളൊരു നമ്മുടെ വീട്ടിലൊരു ഒരു അതിഥി വരുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളോട് പറയുന്നു മോനെ കൂൾ ഡ്രിങ്ക്സ് എടുത്തോണ്ട് വരാൻ തന്നായിക്കാൻ അമ്മയോട് പറ അവൻ്റെ അടുക്കളയിൽ പോയി കൂൾ ഡ്രിങ്ക്സ് കൊണ്ടുവരും നല്ല മനോഹരമായ കൂൾ ഡ്രിങ്ക്സാണ് പക്ഷെ അതൊരു കഴുകാത്ത പാത്രത്തിലാണ് കൊണ്ടുവന്ന് ഈ അതിഥിക്ക് കൊടുക്കുന്നതെങ്കിലും അതിഥിക്കും കുടിക്കാൻ തോന്നുകയില്ല നമുക്കും വിഷമമായി നല്ല നല്ല കൂൾ ഡ്രിങ്ക്സാണ് പക്ഷെ അതെന്ത് വേണം നല്ല പാത്രത്തിൽ തന്നെ കൊണ്ടുവന്നാലേ ഉപയോഗിക്കാനൊക്കെ ഉള്ളു എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ദൈവത്തിനായിട്ട് ചെയ്യുന്ന പ്രവൃത്തികളിലാണ് ഇന്ന് പലയിടത്തും ഊന്നലെ പ്രവൃത്തികൾ വേണം തീർച്ചയായിട്ടും അതുണ്ട് പക്ഷേ ആ പ്രവൃത്തികൾ വഹിക്കുന്ന ആ പാത്രം പാത്രത്തിൻ്റെ വിശുദ്ധി ആ പാത്രത്തിൻ്റെ കഴുകൽ അത് ദൈവം കണക്കെടുക്കണം അത് ശരിയല്ലെങ്കിൽ അത് സ്വയത്തിലും മത്സരത്തിലും മറ്റുള്ളവരെക്കാൾ കേമനാണ് താനെന്ന് കാണിക്കാനായിട്ടും ഒക്കെയാണ് ഈ പ്രവൃത്തിയെങ്കിൽ അതൊക്കെ സ്വയത്തിൻ്റെ കറ പുരണ്ടതാണ് എല്ലാ പ്രവർത്തികളും നീതിപ്രവൃത്തികൾ കറപുരണ്ട തുണി എന്ന് പറയുന്നത് ഓർക്കുക നീതിപ്രവൃത്തികളാണ് ദോഷപ്രവൃത്തികളല്ല ഞാൻ പറഞ്ഞത് എന്നൊക്കെ വ്യക്തമായി എന്ന് എനിക്ക് നമ്മൾ പറയാറുള്ള കാര്യങ്ങളാണ് അപ്പം ഞാൻ പറഞ്ഞു പോകുന്നത് നിത്യതയിലെ നമ്മുടെ സ്നേഹ നന്മയാണ് ദൈവം അങ്ങനെ നോക്കുമ്പം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമ്മൾ കർത്താവിൻ്റെ സ്വഭാവത്തോടെ എത്രത്തോളം അടുത്ത് വരുന്നോ അതാണ് നിത്യതയിൽ നമുക്ക് മുതൽക്കൂട്ടാകുന്നു അങ്ങനെ ഒരു മുതൽക്കൂട്ടാകാൻ വേണ്ടി നമ്മുടെ നിത്യതയെ സ്നേഹിച്ച് നിത്യസ്നേഹമാനായ ദൈവം നമ്മുടെ നിത്യതയെ സ്നേഹിച്ച് നമുക്ക് ഈ ഭൂമിയിൽ അനുവദിക്കുന്ന കാര്യങ്ങളാണ് ഈ പ്രതികൂലങ്ങൾ ഈ കഷ്ടതകൾ ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് കർത്താവിൻ്റെ ഈ കാര്യം പറഞ്ഞ് ജോസഫിൻ്റെ ഈ കാര്യം പറഞ്ഞ് നമുക്ക് നമുക്ക് കടന്നു വരാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യം നമുക്ക് ഏറ്റെടുക്കാം നമ്മൾ മറ്റുള്ളവരെ കാണാതെ അതിനപ്പുറത്ത് ദൈവത്തെ കാണാൻ നമുക്കിടയാകട്ടെ നമുക്ക് വളരെ വേഗത്തിൽ പോകാം അപ്പോസ്ല പ്രവൃത്തി ഏഴാമധ്യായത്തിൽ നിന്ന് നമ്മൾ ചിന്തിച്ചു വന്നതുമായിട്ട് ചേർത്ത് ഒരു വാക്യം വായിക്കാം അപ്പോസ്ല പ്രവൃത്തി ഏഴാമധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യത്തിലേക്ക് ജോസഫിനെക്കുറിച്ച് തന്നെ സ്തേഫാനോസ് പറയുമ്പോൾ പറയുന്ന ഒരു കാര്യം എന്നാൽ ദൈവം അവനോടുകൂടെ ഇരുന്ന് സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ച് മിശ്രൈൻ രാജാവായ ഫറവോൻ്റെ മുമ്പാകെ അവന് കൃപയും ജ്ഞാനവും കൊടുത്തു കണ്ടോ ജോസഫ് കാരാഗ്രഹത്തിൽ നിന്ന് ഫറവോൻ്റെ മുമ്പാകെ വരുന്ന ആ ഭാഗമാണ് പറയുന്നത് പന്ത്രണ്ട് ഗോത്രപിതാക്കന്മാരുണ്ടായിരുന്നു അവർ ജോസഫിനോട് അസൂയപ്പെട്ട് അവനെ മിശ്രൈമിലേക്ക് വിറ്റുകളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത് പത്താമത്തെ വാക്യം ഏഴിൻ്റെ പത്തിൽ പറയുന്നു എന്നാൽ ദൈവം എന്തോ ചെയ്തു ദൈവം അവനോടുകൂടെയിരുന്നു സത്യത്തിൽ നമുക്ക് വേണ്ട ആത്യന്തിക നന്മ അതല്ലേ ദൈവത്തിൻ്റെ പ്രസൻസ് ദൈവത്തിൻ്റെ സാന്നിധ്യം അത് കാരാഗ്രഹത്തിലാണെങ്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നമുക്ക് കൂടുതൽ അടുത്തറിയാൻ കഴിയുന്നെങ്കിൽ അതല്ലേ നിത്യതയെ സംബന്ധിച്ചുള്ള നമ്മുടെ നന്മ ജോസഫിനങ്ങനെ ആയിരുന്നു ജോസഫിനെക്കുറിച്ച് ദൈവവും തമ്മിലുള്ള ബന്ധം അവിടെ പറയുന്നു കാരാഗ്രഹത്തിലാണ് ജോസഫ് ആയിരുന്നത് പക്ഷേ ദൈവം എന്തു ചെയ്തു ദൈവവും അവനോടുകൂടെ അവിടെ ഇരുന്നെന്നാണ് പറഞ്ഞത് നമ്മൾ വിചാരിച്ചിരുന്നത് ദൈവം സ്വർഗത്തിൽ സന്തോഷമായിട്ട് സ്വർഗത്തിൽ അങ്ങനെ അങ്ങ് കഴിയുകയാണ് എന്നാൽ തൻ്റെ മകൻ കാരാഗ്രഹത്തിൽ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അവനോട് കൂടെ കണ്ടോ ദൈവത്തെ ആ നിലയിൽ രുചിച്ചറിയാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ളപ്പം ജോസഫ് തന്നെ വിറ്റുകളഞ്ഞതോ അല്ലെങ്കിൽ തന്നെ ഒടുവിൽ കാരാഗ്രഹത്തിൽ അടച്ച പൊത്തിഫേറിനെയോ പൊത്തിഫേറിൻ്റെ ഭാര്യയോ ഇവരെ ആരോടെങ്കിലും ജോസഫിന് വിഷമുണ്ടോ ഇല്ല കാരണം കാരാഗ്രഹത്തിലിരിക്കുമ്പോഴും അവൻ അവനോടൊപ്പം ഇരിക്കുന്ന ഒരാളുണ്ടാര ദൈവം ദൈവത്തിൻ്റെ മധുരോധാരമായ ഒരു സമ്പർക്കം അനുഭവിച്ച് കാരാഗ്രഹത്തിലിരിക്കുമ്പം ജോസഫ് പറയാം ഇത് ആത്യന്തികമായ നന്മ ഈ നന്മയിലേക്ക് ഈ ഫർവോ പുത്തിഫേറും ഭാര്യയും ഒക്കെ ആയിരിക്കും അതിന് നിമിത്തമായത് അതിനുപകരണമായത് അവരായിരിക്കും പക്ഷേ എനിക്ക് ഈ വലിയ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ പഴയതിനേക്കാൾ കൂടുതൽ അടുത്തറിയാനൊക്കുന്ന ഒരു ഒരു സാധ്യതയിലേക്ക് എന്നെ നയിക്കാൻ ദൈവമാണ് ഇവരെ ഉപയോഗിച്ചത് അതുകൊണ്ട് എനിക്കിവരോട് വൈരാഗ്യമില്ല വിഷമമില്ല ദൈവത്തിൻ്റെ തന്നെ കരങ്ങളെ ഞാൻ കാണുന്നു എന്ന് ജോസഫ് പറഞ്ഞിട്ടുണ്ടാകും ഞാൻ പറയാൻ വന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ആത്യന്തിക നന്മ ആത്യന്തികമായ ഈ നന്മ നമ്മൾ ലക്ഷ്യം വെക്കുന്നെങ്കിൽ നമ്മുടെ നിത്യതയിലെ നന്മ നമ്മളെ നിത്യതയോളം സ്നേഹിക്കുന്ന ദൈവത്തിന് നമ്മുടെ നിത്യതയെക്കുറിച്ചുള്ള സ്നേഹം നമ്മുടെ നിത്യത നന്നായിരിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ സ്നേഹം അതിനെ കണ്ടാൽ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ സ്വഭാവത്തോട് കർത്താവിൻ്റെ ക്ഷമയോട് കർത്താവിൻ്റെ സ്നേഹത്തോട് കർത്താവിൻ്റെ പ്രതികരണങ്ങളോട് എത്രയും അടുത്തു വരുന്നതാണ് നമുക്ക് നിത്യതയിലെ നന്മ ആ നന്മയ്ക്ക് മുഖാന്തരമാകുന്ന ഈ ഭൂമിയിലെ കാര്യങ്ങളെ അങ്ങനെ കണ്ടാൽ നമുക്കും ജീവിതം വ്യത്യാസമായിത്തീരും ഞാൻ പറഞ്ഞു വരുന്നത് ഈ ജോസഫെൻ്റെ ചെയ്തു ജോസഫിനെങ്ങനെയാണ് ഇവരോടൊക്കെ ക്ഷമിക്കാനായിട്ട് കഴിഞ്ഞത് ഇവരോടൊക്കെ നല്ല രീതിയിൽ പെരുമാറാൻ കഴിഞ്ഞത് ജോസഫ് അവിടെ ദൈവത്തെ കണ്ടു ഇവരെ ഇവർ ചെയ്ത കാര്യങ്ങൾ ഒരളവിൽ താൻ അങ്ങ് മറന്നു പോയ പോലെയാണ് നിൽക്കുന്നത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തേഴിലും അൻപതിലും നാൽപ്പത്തഞ്ചിലും ഒമ്പതിലും ഒക്കെ ജോസഫ് പറഞ്ഞത് കണ്ടല്ലോ ജോസഫ് ഇവർ ചെയ്ത കുറ്റങ്ങൾ ഓർക്കുന്നില്ലാത്ത ഒരാളെപ്പോലെ നിൽക്കുക പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ വഴിയിലാണ് പോകുന്നതെങ്കിൽ നമ്മളും ചിലതൊക്കെ ഓർമ്മയില്ലാത്തവരാകണം സാഗ്ബേർ ചിലപ്പോൾ പറയാറുണ്ടല്ലോ സാഗ്ബേർ സാധാരണ പറയും നമ്മൾ രണ്ട് കാര്യങ്ങൾ മറക്കണം രണ്ട് കാര്യങ്ങൾ ഓർക്കണം എന്ന് പറയാറുണ്ട് രണ്ട് കാര്യങ്ങൾ നമ്മൾ മറക്കണം എന്തൊക്കെയാണ് നമ്മൾ മറക്കേണ്ട രണ്ട് കാര്യങ്ങൾ നമ്മളെപ്പോഴും മറക്കേണ്ട മറക്കണ്ട അല്ലെങ്കിൽ മറക്കണം മറക്കണം എന്ന് നമ്മൾ നമ്മുടെ മനസ്സിന് സജഷൻ കൊടുത്താൽ കുറച്ച് കഴിയുമ്പോൾ മനസ്സും അത് വലിയ കാര്യമാക്കുകയില്ല മനസ്സും ക്രമേണ അതങ്ങ് മറന്നുപോകും അതിനുപോലെ നമ്മളത് അതേ തന്നെ പിന്നെയും പിന്നെയും പേർത്തും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സത് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പുള്ള കാര്യങ്ങളൊക്കെ പിന്നെയും പിന്നെയും പിന്നെയും ഓർത്തിരിക്കുന്നത് അതുകൊണ്ട് സൗറിന് പലപ്പോഴും പറയാറുണ്ട് രണ്ട് കാര്യങ്ങൾ നമ്മൾ മറക്കണം എന്തൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ മറക്കണ്ട മറ്റുള്ളവർ നമുക്ക് ചെയ്ത തിന്മ നമ്മൾ മറക്കണം മറ്റുള്ളവർ നമുക്ക് ചെയ്ത തിന്മ നമ്മൾ മറക്കണം പിന്നെ മറക്കേണ്ട ഒരു കാര്യം നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്ത നന്മ നമ്മൾ മറക്കണം മനസ്സിലായോ നമ്മൾ ചിലപ്പം മറ്റുള്ളവർക്ക് ചില നന്മ ചെയ്യും പണ്ട് കൊച്ചുനാളിൽ അവന് വണ്ടിക്കൂലിയില്ലാഞ്ഞപ്പം പത്ത് പൈസ കൊടുത്തൊക്കെയാണ് അതൊക്കെ ഇരുപത്തഞ്ച് കൊല്ലത്തിന് ശേഷവും നമ്മൾ ചെയ്ത നന്മ ഓർത്ത് വെച്ച് നന്മ ഓർത്ത് വെച്ചാലുള്ള കുഴപ്പമെന്താ നമ്മൾ തന്നെ അവനിൽ നിന്ന് നല്ല പെരുമാറ്റാൻ ഡിമാൻഡ് ചെയ്യും ആ ചിലർ പറയില്ലേ അന്ന് ഞാനേ ഉള്ളായിരുന്നു എന്നിട്ടിപ്പം മോട കല്യാണം വന്നപ്പോൾ എന്നെ വിളിച്ചില്ല ആ കൊല്ലം മുമ്പ് ഒരു ചെറിയ തുക കൊടുത്ത് സഹായിച്ച ഞാനേ ഉണ്ടായിരുന്നുള്ളൂ അത് ഓർത്തു വെച്ചേക്കുക ഞാൻ ചെയ്ത നന്മ ഓർത്ത് വെച്ചേക്കുക നന് നമ്മൾ ചെയ്ത നന്മ ഓർത്ത് വെച്ചാലുള്ള കുഴപ്പം നമുക്ക് അതിനനുസരിച്ച് നമ്മൾ അവനിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്ന ഒരു പെരുമാറ്റമുണ്ട് ആ പെരുമാറ്റം കിട്ടിയില്ലെങ്കിൽ നമുക്ക് പരാതിയാകും അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്ത നന്മയങ്ങ് മറന്നേക്കുക മറക്കുക മറക്കുക മറ്റുള്ളവരും നമുക്ക് ചെയ്ത തിന്മയും നമ്മൾ എന്തോ വേണം മറക്കണം മറക്കണം ഇതാണ് നമ്മൾ മറക്കേണ്ട രണ്ട് കാര്യങ്ങൾ നമ്മളെപ്പോഴും ഓർക്കേണ്ട രണ്ട് കാര്യങ്ങളും ഉണ്ടെന്ന് പറയാറുണ്ട് നമ്മൾ ഓർക്കേണ്ട രണ്ട് കാര്യങ്ങൾ എന്താ മറ്റുള്ളവർ നമുക്ക് ചെയ്ത നന്മ നമ്മൾ ഓർക്കണം നേരത്തെ പറഞ്ഞിട്ട് എതിർവശമായി നീ പറയുന്നത് മറ്റുള്ളവർ നമുക്ക് തിന്മ മാത്രമല്ലല്ലോ ചെയ്തത് അവർ ചെയ്ത തിന്മ നമ്മൾ മറന്നു പക്ഷേ അവർ ചെയ്ത നന്മയൂടെ മറന്നു കളയരുത് നന്മ എന്തോ ചെയ്യണം ഓർക്കണം അന്ന് ആ സമയത്ത് ഈ സഹോദരനെ ഉള്ളായിരുന്നു അല്ലെങ്കിൽ ഈ സഹോദരിയായിരുന്നു ഉണ്ടായിരുന്നത് എനിക്കിന്ന പോലെ ചെയ്തു എന്നുള്ളത് നമ്മൾ ഓർക്കണം മറ്റുള്ളവർ നമുക്ക് ചെയ്ത നന്മ നമ്മൾക്കണം അതുപോലെ തന്നെ കേട്ടാൽ വിചിത്രമെന്ന് തോന്നുന്ന ഒരു കാര്യം നാം മറ്റുള്ളവർക്ക് ചെയ്ത തിന്മയും നമ്മൾ ഓർക്കണം അതെന്തിനാണ് നെഗറ്റീവായ കാര്യങ്ങളൊന്നും വേണ്ട എന്ന് പറയുന്ന ഒരു കാലഘട്ടമായത് നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്ത തിന്മ അതെന്തിനാണ് നമ്മൾ ഓർക്കുന്നത് പ്രിയപ്പെട്ടവരെ അത് നമ്മളെ വളരെ താഴ്മയിൽ സൂക്ഷിക്കും ഞാൻ ഈ ആളിനെ വേണ്ട പോലെ പെരുമാറിയില്ല ആ ആളിനോട് ഞാൻ മോശമായിട്ടാണ് പെരുമാറിയത് എന്നുള്ളതിനെക്കുറിച്ച് ആരോഗ്യകരമായ ഒരു ഓർമ്മ ഉണ്ടായിരിക്കുന്നത് നമ്മളെ എപ്പോഴും താഴ്മയിൽ സൂക്ഷിക്കും മറ്റാളുകളോട് വീണ്ടും പെരുമാറുമ്പോൾ സമാനമായ സാഹചര്യത്തിൽ പെരുമാറേണ്ട രംഗം വരുമ്പോഴൊക്കെ ഇത് നമുക്കൊരു മുന്നറിയിപ്പായിട്ട് നിൽക്കും നീ സൂക്ഷിച്ചോണം നീ അത്ര വിചാരിക്കുന്ന പോലെ നല്ല പുള്ളി ഒന്നുമല്ല ഇന്ന ആളോട് നീ മോശമായിട്ടാണ് പെരുമാറിയത് ഇതിവിടെയും ചിലപ്പോൾ നീ മോശമായിട്ട് പെരുമാറിയേക്കപ്പെട്ടവര് നമ്മളതിൻ്റെ ഒരു അനാവശ്യമായ കുറ്റബോധം കൊണ്ട് നടക്കണമെന്നല്ല പറയുന്നു രണ്ട് പത്രോസ് ഒന്നാമത്തെയായ അതിൻ്റെ ഒമ്പതാമത്തെ വാക്യം നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ അവരെക്കുറിച്ച് പറയുന്നു അവർ ഹ്രസ്വദൃഷ്ടിയുള്ളവരും ഹ്രസ്വദൃഷ്ടിയുള്ളവരും അവർ മുൻപിലത്തെ പാവങ്ങളുടെ ശുദ്ധീകരണം മറന്നുപോയവരുമാണ് മുൻപ് ചെയ്ത പാപങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ അയ്യോ ദൈവം ക്ഷമിച്ചോ ക്ഷമിച്ചോ ക്ഷമിച്ചോ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കണമെന്നല്ല പറഞ്ഞത് പക്ഷേ കർത്താവിൻ്റെ അടുത്ത് ചെന്ന് നമ്മൾ ആ തെറ്റ് ഏറ്റു പറഞ്ഞു നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്ത തിന്മകൾ നമ്മൾ ഏറ്റു പറഞ്ഞു അവരോടും പറഞ്ഞു ദൈവം ക്ഷമിച്ചു ദൈവം ക്ഷമിച്ചു ദൈവം അത് മറന്നു എന്നാൽ എന്നാൽ ആ മുൻപിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം ഒരു ആരോഗ്യകരമായ നിലയിൽ നമ്മളെ തന്നെ കുറ്റപ്പെടുത്താനും മുറിപ്പെടുത്താനുമല്ല മറിച്ച് ഒരു ആരോഗ്യകരമായ നിലയിൽ ഓർത്തിരിക്കണം എന്നാണ് രണ്ട് പത്രവും സ്വന്താമധ്യായം ഒൻപതാമത്തെ വാക്യം പറയുന്നത് പ്രിയപ്പെട്ടവരെ ഈ നമ്മൾ ഈ പറഞ്ഞ ഈ നിയമങ്ങളെല്ലാം അനുസരിച്ച് ജോസഫെൻ്റെ ചെയ്തു ജോസഫ് താൻ സഹോദരന്മാർക്ക് ചെയ്ത നന്മകളൊക്കെ മറന്നുപോയി സഹോദരന്മാർ തനിക്ക് ചെയ്ത തിന്മകളൊക്കെ താൻ മറന്നുപോയി കണ്ടോ എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നമുക്ക് ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കാം ജോസഫിൻ്റെ കാര്യമാണല്ലോ പറഞ്ഞ് ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാൽപ്പത്തി ഒന്നാം അധ്യായം നാൽപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ ജോസഫിൻ്റെ ഈ ലോകത്തെക്കുറിച്ചുള്ള വേറൊരു മനോഭാവം കൂടെ നമുക്ക് കാണാനായിട്ട് കഴിയും മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു മനോഭാവം നാൽപ്പത്തൊന്നാം അധ്യായം അതിൻ്റെ അൻപത്തിരണ്ടാമത്തെ വാക്യം അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് വാക്യങ്ങൾ ജോസഫ് ഇപ്പോൾ എവിടെയാണ് ജോസഫ് കാരാഗ്രഹത്തിൽ നിന്ന് മോചിക്കപ്പെട്ടു താന് താന് ഫർവോൻ്റെ പ്രധാനമന്ത്രിയായി താന് വിവാഹം കഴിച്ചു ആസനത്തിന് വിവാഹം കഴിച്ചു ആസനത്തിലെ തനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ടായി ആ കുഞ്ഞുങ്ങൾക്ക് പേരിടുന്ന രംഗം പേരിടുന്ന രംഗം അമ്പത്തൊൻപതാമത്തെ വാക്യത്തിൽ താൻ പറയുന്നു എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനമൊക്കെയും ദൈവ എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് ജോസഫ് തൻ്റെ ആദ്യജാതനും മനസ്സേ എന്ന് പേരിട്ടു കണ്ടോ ചിലത് മറക്കുന്ന ആളായിരുന്നു ജോസഫ് തി തിക്താനുഭവങ്ങളെ താൻ അങ്ങനെ താലോലിക്കുന്നില്ല മറ്റുള്ളവർ ചെയ്ത തിക്താനുഭവങ്ങളെ താൻ മറന്നുകളഞ്ഞു മനഷെ എന്ന് പേരിട്ടു എന്നാൽ അത് നമ്മൾ ചിന്തിച്ചു എന്നാൽ രണ്ടാമത് രണ്ടാമതുണ്ടായ കുഞ്ഞിന് പേരിട്ട വാക്യം അമ്പത്തിരണ്ടാമത്തെ വാക്യമാണ് എഫ്രൈം എന്ന് രണ്ടാമത്തവന് പേരിട്ടു ആ പേരിൻ്റെ പിന്നിലുള്ള ചിന്ത എന്താ സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തവന് എഫ്രൈം എന്ന് പേരിട്ടു ദൈവം എന്നെ വർദ്ധിപ്പിച്ചു നമുക്കെപ്പോഴും സന്തോഷം തോന്നുന്ന ഒരു കാര്യം ദൈവം എന്നെ വർദ്ധിപ്പിച്ചു ദൈവം എന്നെ ഏഹ് ഞാൻ ഒരു വടിയോടുകൂടാണ് കടന്നത് ഇപ്പോൾ ഒരു വലിയ കൂട്ടമാക്കിയിരിക്കുന്നു നമുക്കെപ്പോഴും ദൈവം വർദ്ധിപ്പിച്ചു നമുക്കത് സന്തോഷമുള്ള കാര്യം ജോസഫെന്നുള്ള പേരും ആ നിലയിലാണല്ലോ ദൈവത്തിൻ്റെ വർധന അറിഞ്ഞ ആളാണ് ജോസഫ് പക്ഷേ ജോസഫ് ഇവിടെ ത എവിടെ ദൈവം എന്നെ വർദ്ധിപ്പിച്ചെന്നാണ് പറഞ്ഞത് സങ്കടദേശത്ത് ഏതാ ഈ സങ്കടദേശം ജോസഫ് പ്രധാനമന്ത്രി ആയിരിക്കുന്ന സ്ഥലത്തെ ജോസഫ് വിളിക്കുന്നത് എന്താണ് സങ്കടദേശമെന്ന് അതാ ഞാൻ പറയാം ജോസഫിന് നല്ല സങ്കടവും ഉണ്ടോ ആ ദേശത്ത് ഒരു സങ്കടവും ഇല്ലാത്ത ദേശമാണ് ഫറോൻ കഴിഞ്ഞാൽ ഫറവോന് രണ്ടാമനായിട്ടിരിക്കുകയാണ് ജോസഫ് ജോസഫ് രഥത്തെ വരുമ്പോൾ ആളുകൾ ജോസഫിന് വേണ്ടി ഹർഷാരംഭം മുഴക്കും ആളുകൾ കുമ്പിടും നമസ്കരിക്കും എല്ലാ കാര്യവും ഫറവോന് ഇദ്ദേഹത്തെ അയൽപ്പിച്ചിരിക്കുന്നു അങ്ങനെ ആ നാടിൻ്റെ മുഴുവൻ അംഗീകാരവും ആദരവും പിടിച്ചുപറ്റിയ ജോസഫ് ജോസഫ് മിസ്രൈമിലാണ് പക്ഷേ മിസ്രൈമിലെ ആളുകളുടെയൊക്കെ കൺകണ്ട ദൈവമായിട്ട് താനിപ്പോഴായിരിക്കുന്നു എല്ലാ ബഹുമാനവും എല്ലാം ലഭിക്കുന്നു എല്ലായിടത്തും ഒന്നും അംഗീകാരം ഇങ്ങനെയുള്ള ആ ദേശം പക്ഷേ ജോസഫ് അതിനെ എന്താ പറയുന്നത് ഇതിനെ സങ്കടദേശമെന്ന് പറയുന്നത് അതെന്താ ഇങ്ങനെ പറയുന്നത് ജോസഫിനറിയാം ദൈവത്തിൻ്റെ വാഗ്ദത്ത ദേശം വേറെയാണെന്ന് തനിക്കറിയാം അതുകൊണ്ട് ജോസഫ് പിന്നീട് തൻ്റെ കൂട്ടുകാരോട് പറയുന്നുണ്ട് താന് തൻ്റെ മരണത്തിൻ്റെ സമയത്ത് നമ്മൾ പുറപ്പാട് ഉൽപ്പത്തി പുസ്തകത്തിൽ അമ്പതാം അധ്യായത്തിൽ നമ്മൾ മുമ്പേ വായിച്ചതിനോട് ചേർത്ത് വരുമ്പം എന്തോ പറയുന്നു ജോസഫ് പറയുന്നു എൻ്റെ അസ്ഥികളെപ്പോലും ഇവിടുന്ന് എടുത്തുകൊണ്ട് പോക്കോണം എന്ന് പറയുന്നുണ്ട് ഏഹ് അൻപതാമത്തെ അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യങ്ങൾ കണ്ടോ കാരണം ഈ മിസ്രൈമിൽ തനിക്ക് ഒത്തിരി വ്യക്തിപരമായിട്ടൊത്തിരി നേട്ടങ്ങളുണ്ടെങ്കിലും തൻ്റെ പ്രതീക്ഷകളൊക്കെ ഏതിലാണ് ഓ ദൈവം തങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത ആ നാട്ടിലാണ് തൻ്റെ പ്രതീക്ഷ വെച്ചേക്കുന്നത് അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം താന് ഭൗതികമായിട്ട് എത്രയേറെ അനുഗ്രഹിക്കപ്പെട്ടെങ്കിലും തൻ്റെ ഹൃദയം ഏതാ ആത്മീയമായ വാഗ്ദാനങ്ങളിലാണ് തൻ്റെ ഹൃദയം അതുകൊണ്ട് ഈ ഭൗതികമായ നേട്ടങ്ങളെയൊക്കെ താന് കാണുന്നത് ഇത് സങ്കടദേശമെന്നോ സങ്കടദേശം പ്രിയപ്പെട്ടവർ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് കഴിയുമോ ഇവിടെ ഇതാ സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു ദൈവ എന്നെ വർദ്ധിപ്പിച്ചെന്നുള്ളത് ഒരു വലിയൊരു ഒരു വാഗ്ദാനത്തിൻ്റെ ഒരു ദൈവത്തിൻ്റെ ഒരു വിശ്വസ്തതയായിട്ട് കാണാം പക്ഷേ താനായിരിക്കുന്ന ദേശത്തെ ഒരു സങ്കടദേശമായിട്ട് കാണുന്നത് ജോസഫിൻ്റെ ഒരു നിലപാടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ക്രിസ്തീയതയിൽ പലയിടത്തും വാഗ്ദാനങ്ങളെ മുറുക പിടിക്കാനാ താല്പര്യം നിലപാടുകളെ മറന്നുകൊണ്ട് വാഗ്ദാനങ്ങളെ മുറുക പിടിക്കാനാ താല്പര്യം ഓ ദയോ അത് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇത് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങൾ എവിടെ ഇന്ന് പലരും പറയുന്നു ബൈബിൾ എടുക്കുക ഒരു ചുമന്നോഷിപ്പേന എടുക്കുക എവിടെയൊക്കെ വാഗ്ദാനങ്ങളുണ്ട് ആ വാഗ്ദാനങ്ങളുടെ എല്ലാം അടിയിൽ വരയിടുക എന്നിട്ട് അതിലെല്ലാം കൈവച്ചിട്ട് അത് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുക തെറ്റൊന്നുമില്ല തെറ്റൊന്നുമില്ല ഈ വാഗ്ദാനങ്ങളൊക്കെ നമുക്കുള്ളതാണ് പക്ഷേ ഇവിടെ ഇതാ ദൈവ എന്നെ വർദ്ധിപ്പിച്ചു ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലെ ദൈവത്തിൻ്റെ വിശ്വസ്തത ജോസഫ് പറയുമ്പം തന്നെ അതിനോട് ചേർന്ന് എന്തുണ്ട് ഈ ഭൗതികമായ നേട്ടത്തെ സങ്കടദേശമായിട്ട് കാണുന്ന തൻ്റെ ഒരു നിലപാടിനോട് ചേർത്താണ് ഈ വാഗ്ദാനം ഇരിക്കുന്നത് വാഗ്ദാനത്തെ താൻ കളയും ചെയ്യുന്നു അല്ലെ ആ വാഗ്ദാനത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ നിലപാടുകൾ ദൈവത്തിനായിട്ട് എടുക്കുന്ന നിലപാടുകൾ അവഗണിച്ച് കളയുന്നു ദൈവം ഇങ്ങോട്ട് തരണ്ട നന്മകൾ വാഗ്ദാനങ്ങൾ അതിനെ കൊട്ടിഘോഷിക്കുന്നു ജോസഫ് വ്യത്യസ്തനായിരുന്നു പ്രിയപ്പെട്ടവരെ ജോസഫിൻ്റെ ജീവിതത്തിൽ ഉള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ പറഞ്ഞു വന്നത് അതുകൊണ്ട് എന്ത് സംഭവിച്ചു മുന്നോട്ട് പോകുമ്പോൾ ഈ ഇസ്രായേൽ ഗോത്രം പന്ത്രണ്ട് ഗോത്രങ്ങൾ വരുമ്പോൾ ഇതാ ഇബ്രഹിമിനും മനഷക്കും രണ്ടു പേർക്കും ജോസഫിൻ്റെ ഇരട്ടിപ്പങ്ക് ഏ ആദ്യ ജാതന് ലഭിക്കേണ്ട പോലെ രണ്ട് ഗോത്രങ്ങളുടെ ആ ഒരു തലതൊട്ടപ്പനായിട്ട് ജോസഫിന് നിൽക്കാനായിട്ട് കഴിയുന്നു ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ ദൈവം ആക്കിയിരിക്കുന്നിടത്ത് നമുക്ക് ഈ ലോകത്ത് ഒത്തിരി കാര്യങ്ങളൊന്നുമില്ലെങ്കിലും ദൈവം ദൈവവചനത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന നമ്മളെ വിളിച്ചിരിക്കുന്ന ആ ആത്മീയതയ്ക്കൊപ്പം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു വന്നതിനോട് ചേർത്ത് എങ്ങനെ പറയാം നിത്യതയിലെ ആ നന്മയ്ക്കൊപ്പം അതിനുവേണ്ടിയുള്ള ഒരുക്ക നാളുകൾ മാത്രമാണ് ഇവിടെ ഒരുക്ക നാളുകൾ മാത്രം ഈ ഒരുക്കനാളുകൾ ഇതല്ല ശരിക്കുള്ള നമ്മുടെ ജീവിതം ഇത് കുറച്ച് നാളത്തേക്ക് മാത്രം ഇപ്പോൾ കാണുന്നതും പിന്നെ ആവിയാകുന്നതുമല്ലോ എന്നാ യാക്കോവ് പറയുന്നു കുറച്ച് നാളത്തേക്ക് ഏറെ ആയാൽ എൺപത് നാല് വിരാൽ നീളം ഇവിടെ അല്ല ഇവിടെയല്ല ഞങ്ങൾ വെള്ളിയാഴ്ച കൂടിയപ്പോൾ ഞങ്ങൾ എന്തോ പറഞ്ഞു വന്നപ്പം ഈ ആഗ്രയ്ക്കടുത്ത് ഫത്തേപ്പൂർ സിക്രിയിൽ അവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ ബൈബിളിൽ നിന്ന് എഴുതി വച്ചേക്കുന്ന ഒരു വാക്യം ബൈബിൾ പലയിടത്തെ വലിയ വലിയ മഹത് വാക്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ട് ബൈബിളിൽ നിന്നുള്ളതാണെന്ന് പറഞ്ഞൊരു വാക്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ആ വാക്യം ബൈബിളിലൊന്നും ഇല്ല ആരോ എഴുതി വച്ചതാണ് പക്ഷേ അതിൻ്റെ അകത്തൊരു ആശയമുണ്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് എഴുതിയേക്കുന്നത് എന്താ പാലത്തിൽ വീട് വയ്ക്കരുത് ബൈബിൾ എന്നെഴുതി വെച്ചേ കൊള്ള പാലത്തിൽ വീട് വയ്ക്കരുതെന്നോ ബൈബിളിലൊക്കെ ഒരു വാക്യം നമ്മൾ കാണില്ല പക്ഷേ ബൈബിളിൽ ഉടനീളം പറയുന്ന കാര്യം അതല്ലേ ഇതെന്താ ഈ ലോകജീവിതം എന്താ ഇതൊരു പാലമാണ് അക്കര നാട്ടിലോട്ടുള്ള ഒരു പാലമാണ് ഈ പാലത്തേൽ എന്തോ ചെയ്യരുത് വീട് പണിയരുത് വീട് പണിയാന്ന് പറഞ്ഞാൽ അവിടെ ആകരുത് നമ്മുടെ ഹൃദയം ഇവിടെയാണ് നമ്മുടെ നാടെന്ന് വിചാരിക്കരുത് ഈ നാടെന്തുവാ ഇത് സങ്കടദേശമാണ് സഹോര സൗകര്യം നിനക്കൊരു പ്രശ്നവുമില്ല ഓ എല്ലാം ഭംഗി ഇട്ട് നടക്കുന്നു എല്ലാം പകിട വന്നിട്ടേ എല്ലാം നടന്നു പോകുമ്പോൾ ആളുകളെല്ലാം ജോസഫിനെ വാഴ്ത്തുന്നത് പോലെ ഞങ്ങളുടെ കമ്പനി മാനേജർ ദാ എല്ലാം അദ്ദേഹം ഓ ഇതുപോലെ തങ്കപ്പെട്ട മനുഷ്യനുണ്ടോ എന്നൊക്കെ ആളുകൾ പറയുന്നത് പക്ഷേ നീ ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞോണം ഇതെന്തോന്നാണ് ഇത് സങ്കടദേശമാണ് പാലമാണ് പാലത്തേൽ എന്തോ ചെയ്യരുത് വിവരമുള്ളവനൊന്നും പാലത്തേൽ എന്ത് ചെയ്യുകയില്ല വീട് പണി ചെയ്യേല പാലം പൊളിഞ്ഞു പോകും വീട് പൊളിഞ്ഞു പോകാൻ നീ പാലത്തേൽ ആ വീട് പണിതെങ്കിൽ നഷ്ടമായി പോകുമേ അതുകൊണ്ട് പാലത്തിൽ വീട് പണിയരുത് എന്ന് പറഞ്ഞ ആ കാര്യം ഇതിനെ ഒരു സങ്കടദേശമായിട്ട് കാണും ഓ അതുപോലെ അങ്ങനെ അതിനെ കാണുമ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ നമുക്കിവിടെ കിട്ടുന്ന അംഗീകാരങ്ങളെ നമ്മൾ വലുതായിട്ട് കാണുന്നില്ല ഇവിടെ കിട്ടുന്ന പാനപാത്രങ്ങളെയോ കർത്താവിൻ്റെ അടുത്ത് വന്ന പാനപാത്രങ്ങളെയോ ആ പാനപാത്രത്തിലും നമ്മൾ അത് കൊണ്ടുവരുന്ന ആളുകളെയല്ല അതിൻ്റെ പിന്നിലുള്ള പിതാവിൻ്റെ കരത്തെ കാണുക പിതാവ് എൻ്റെ നിത്യതയിലെ നന്മയ്ക്കായിട്ട് ദൈവം പ്ലാൻ ചെയ്ത ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമാണ് ഒരു പാക്കേജ് ഇന്നൊക്കെ അങ്ങനെയൊക്കെ പറയും പാക്കേജ് ഒരു പാക്കേജിൻ്റെ ഭാഗമാണെന്നൊക്കെ പറയും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ നിത്യതയെ ഉദ്ദേശിച്ച് ദൈവത്തിൻ്റെ ഒരു പാക്കേജിൻ്റെ ഭാഗമായത് ഏതാ അയൽവക്കക്കാരൻ വഴക്കിന് വരുന്നത് നമ്മൾ നടന്ന് പോകുമ്പം നമ്മളെ ദ്രോഹിക്കുക ഒക്കെ അത് പക്ഷേ കാണണമെങ്കിൽ ഇത് സങ്കടദേശമായിട്ടും പിതാവ് ഇതിൻ്റെ പിന്നിലുള്ളതായിട്ടും നമ്മൾ കണ്ടാലേ പറ്റുകയുള്ളൂ അങ്ങനെ വരുമ്പോഴേ നമുക്ക് ക്ഷമിക്കാനായിട്ടൊക്കെ ഉള്ളു കർത്താവിൻ്റെ മെശ കർത്താവിൻ്റെ മനോഭാവം ക്ഷമ ഇതിനെക്കുറിച്ചൊക്കെയാണല്ലോ പറയുന്നത് ഹഡ്സൺ ടൈലർ എന്നുപറഞ്ഞ പ്രസിദ്ധനായ ദൈവദാസനുണ്ടായിരുന്നു ഹഡ്സ് ആൻഡ് ടൈലർ അദ്ദേഹം ഇന്ത്യയിലും വന്നിട്ടുണ്ട് ചൈനയിലെ തൻ്റെ പ്രവർത്തനങ്ങളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായിട്ടുള്ള ആ പ്രവർത്തനങ്ങൾ ഹഡ്സ് ആൻഡ് ടൈലർ ഹഡ്സ് ആൻഡ് ടൈലർ അദ്ദേഹം ഒരു മിഷണറി സംഘടനയുണ്ടാക്കി താന് മുന്നോട്ട് പോയി മുന്നോട്ട് പോയി ഈ മിഷണറി സംഘടനയും അല്ലെങ്കിൽ കാര്യങ്ങളുമെല്ലാം മുന്നോട്ട് വരുമ്പോൾ തന്നെ എല്ലാം എപ്പോഴും എല്ലാം ഭംഗിയായിട്ട് പോകും എന്ന് വിചാരിക്കരുത് മനുഷ്യരാ ഇതിൻ്റെ അകത്തെല്ലാം ഉള്ളത് അതുകൊണ്ട് മാനുഷികമായ പല പ്രശ്നങ്ങളൊക്കെ വരും ഇവർ ചൈനയിലുണ്ടായിരുന്ന ഈ മിഷണറിമാർ കുറച്ച് മിഷണറിമാരേ ഉള്ളു ഇവർ ചൈന ഇൻലാൻഡ് മിഷൻ സംഘടനയുടെ ഭാഗമായിട്ട് അവർ നിൽക്കുമ്പോൾ ഈ ക്രമേണയന്തു പറ്റി ഈ മിഷണറിമാരൊക്കെ തമ്മിലെന്ത് ചെയ്തു കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ സൗന്ദര്യപ്പണക്കം വന്നു എന്നെ കണ്ടപ്പോൾ ചിരിച്ചില്ല എന്നെ കണ്ടപ്പം മിണ്ടിയില്ല ഞാനങ്ങോട്ട് പോയപ്പം ഇങ്ങനൊക്കെ ഒത്തിരി ഒത്തിരി ഒത്തിരി സങ്കടങ്ങൾ വന്നു മനുഷ്യനാണ് മനുഷ്യനാണ് ഓക്കെ അങ്ങനെ എന്ത് ആകെപ്പാടെ നാല് മൂന്ന് ഏഴ് പേരേ ഉള്ളൂ ഉള്ളവരൊക്കെ തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതായി മിണ്ടാതായി ഒരാളെ ഒരു മിഷണറിയാണ് മറ്റേ മിഷണറിയുടെ കുടുംബത്തെ കാണുന്നുണ്ട് മിണ്ടാതായി അവർ മറ്റവരെ കാണുമ്പോൾ ഇങ്ങനെ അവരുടെ ഇടയിലൊരു ഒരു പ്രയാസം വന്നു ഹഡ്സൺ ടൈലർക്കൊരു കുഞ്ഞ് ഒരു മോളുണ്ടായിരുന്നു ഗ്രേസ് ഗ്രൈസെന്നാണ് ആ കുട്ടിയുടെ പേര് അവൾക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ അവളൊരു ഏഴ് കുടുംബങ്ങളുണ്ടെങ്കിൽ ഏഴു കുടുംബത്തിലൊരു പൂമ്പാറ്റെ പോലും ഇങ്ങനെ പാറി നടക്കും ഒരു മിഷണറിയുടെ വീട്ടിൽ ചെന്നു അവിടെ ചെന്ന് രാവിലെ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക അവരുടെ ടേബിളിൽ നിന്നൊരു ആപ്പിൾ എടുത്തു അടുത്ത വീട്ടിൽ ചെന്നു അടുത്ത വീടും ഈ വീടും തമ്മിൽ കണ്ടാൽ മിണ്ടുകയില്ല അങ്ങനെ പണക്കത്തിലിരിക്കുന്ന പക്ഷേ ഇവൾക്കിതൊന്നും ബാധകമല്ല അവൾ ആ വീട്ടിൽ ചെന്നു അവിടെ ചെന്ന് വേറെ അവിടെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു മറ്റൊരു വീട്ടിൽ ചെന്നു ഇങ്ങനെ ഈ സത്യത്തിൽ കുറച്ച് കഴിഞ്ഞപ്പം ഈ ഹഡ്സ് ആൻഡ് ടൈലറിൻ്റെ മിഷണറി കുടുംബങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏക കണ്ണി എന്ന് പറയുന്നത് ഗ്രെയ്സ് എന്ന് പറഞ്ഞ ഈ പെൺകുട്ടിയായത് അവളങ്ങനെ മുന്നോട്ട് പോരുമ്പോൾ ഒരു ദിവസം ഈ കുഞ്ഞ് ഈ പെൺകുഞ്ഞ് ഒരു അസുഖം ബാധിച്ച് പെട്ടെന്ന് മരിച്ചു പെട്ടെന്ന് മരിച്ചപ്പം വേറെ ആരുമില്ല ബാക്കിയുള്ളവരെല്ലാം ചൈനക്കാരായി ഈ മിഷണറിമാർ ആറോ ഏഴോ കുടുംബങ്ങളേ ഉള്ളൂ അവർ ഈ കുഞ്ഞിൻ്റെ ശവസംസ്കാരം നടത്തണമല്ലോ കുഞ്ഞിനെ കുളിപ്പിച്ച് കുഞ്ഞിൻ്റെ ഡെഡ് ബോഡി കുളിപ്പിച്ച് അവരെ കൂടുന്നടത്ത് കൊണ്ടുവന്നു വെച്ചു അപ്പോൾ ഈ ഏഴ് കുടുംബങ്ങൾക്കും ആരോടടുപ്പുണ്ട് ഗ്രേസിനോടടുപ്പമുണ്ട് അവരൊന്നും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാമിണ്ടെങ്കിലും ഇവരെല്ലാവരും ഇവരെ എല്ലാം ബന്ധിപ്പിക്കുന്ന ഒരു പൊതുഘടകമാണ് ഗ്രെയ്സ് ഗ്രെയ്സ് ഇപ്പോൾ എന്ത് ചെയ്തു ഗ്രെയ്സ് മരിച്ചു അവളുടെ ഡെഡ് ബോഡി കൊണ്ടുവന്ന് വെച്ചിരിക്കുക ഓ ശസ്കാരത്തിൽ പങ്കെടുക്കാൻ ഏഴ് കുടുംബങ്ങളും വന്നു ബോഡി അവിടെ കിടക്കുക ഏഴ് കുടുംബങ്ങളും അതിന് ചുറ്റും നിന്നു എല്ലാവരുടെയും നോട്ടം ഗ്രേസിലേക്കാണ് നേരെ നോക്കിയാൽ മറ്റാളെ കാണണമല്ലോ എന്ന് പേടിച്ചെല്ലാവരും ഗ്രേസിനെ ഡെഡ് ബോഡിയെ തന്നെ നോക്കിയിരിക്കുക പക്ഷെ അങ്ങനെ ഒത്തിരി നേരം ഇരിക്കാൻ നോക്കുകയല്ലോ നോക്കിയിരുന്നെച്ചൊരാൾ മറ്റേ ആളുടെ നേരെ കണ്ണുയർത്തി ഒരു സഹോദരിയും മറ്റൊരു സഹോദരി നോക്കി നമ്മളെ ഈ കുഞ്ഞ് എത്ര നിഷ്കളങ്കയായിരുന്നു ആ കുഞ്ഞ് കടന്നുപോയി നമ്മൾ നമുക്ക് എത്ര നാളുണ്ടെന്ന് എങ്ങനെ അറിയും നമ്മളെന്തിനാണ് കൊച്ചു കൊച്ചു കാര്യത്തിൽ ഈ വൈരാഗ്യവും വിഷമവും സൂക്ഷിക്കുന്നത് എവിടെയോ അവിടെ ആ ശവസംസ്കാരത്തിലൊരു പ്രസംഗം ഉണ്ടായിരുന്നില്ല ശവസംസ്കാരത്തിൽ ഒരു സാധാരണ ശവസംസ്കാരമല്ലായിരുന്നു ആ ശവസംസ്കാരത്തിലൊരു പ്രസംഗമില്ലായിരുന്നു മറിച്ച് എന്താ ഉണ്ടായിരുന്നത് കരച്ചിലും അന്യോന്യമുള്ള കെട്ടിപ്പിടുത്തവും കണ്ണുനീരും നിലവിളിയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നു ഗ്രേസ് അവളുടെ ജീവിതം കൊണ്ട് ചെയ്തെടുക്കാൻ കഴിയാഞ്ഞത് അവളുടെ മരണം കൊണ്ട് ചെയ്തെടുത്തു ഈ കുടുംബങ്ങളെല്ലാം ഒന്നിച്ചു ഞാനാ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരുടെ ജീവിതം ഇത്രയൊക്കെ ഉള്ളു അതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാട് കിട്ടിയാൽ നമുക്ക് ക്ഷമിക്കാനും വിട്ടുകളയാനും ഒക്കും അതുകൊണ്ട് ഇനി പറയില്ലേ ഞാൻ എൻ്റെ കൊക്കുൽ ജീവനുണ്ടെങ്കിൽ ആ മിണ്ടുകാല വിട്ടേരെ വിട്ടേര് സങ്കടദേശം പാലമാണ് കെട്ടിടം മണിയല്ലേ മണ്ടനാകല്ലേ നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കുകയും നമുക്ക് കെട്ട വചനങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിൽ കർത്താവിൻ്റെ മേശയുണ്ടല്ലോ ഈ മേശയിലേക്ക് നമുക്ക് സന്തോഷത്തോടെ പ്രാഗൽഭ്യത്തോടെ നമുക്ക് അടുത്ത് വരാം ഒന്ന് പരിന്തർ പതിനൊന്നാം അധ്യായത്തിൽ നിന്ന് ഒരു ഭാഗം വായിക്കുന്നു അതിൻ്റെ ഇരുപത്തി മൂന്ന് മുതലുള്ള ഭാഗം ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്കേൽപ്പിക്കുകയും ചെയ്തെന്തെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവനപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി സ്തോത്രം സ്തോത്രം